നിശ്ചിത മന്യന്തു <mentorísimo> <Surum> സൃഷ്ടിയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയുന്നു ചെല പറയുന്നത് എന്താണ് പ്രഭോഹോ ഇച്ഛ മാത്രം സൃഷ്ടി പ്രഭുവിന്റെ ഇച്ഛ മാത്രമാണ് കേവലമായ ഇച്ഛ എന്തുകൊണ്ട് സത്യസങ്കൽപ്രഭു സത്യസങ്ക സത്യമായി തന്നെ ഭവിക്കും അതുകൊണ്ട് സൃഷ്ടിയുണ്ടായി സൃഷ്ടി ഉറ്റാതി സങ്കല്പനാ മാത്രം അതിരിതം കേന്ദ്ര സങ്കല്പനമാണ് സങ്കല്പനത്തിൽ നിന്ന് അതിരിക്തമായി ഒന്നുമില്ല ഈശ്വരന്റെ സങ്കല്പനമാണ് മറ്റു ചില കാലാ ദൈവ സൃഷ്ടി കാലത്തിൽ നിന്നാണ് സൃഷ്ടിന്ന് ചിലരുടെ അഭിപ്രായം സൃഷ്ടിയെ സംബന്ധിച്ച് പലർക്കും പല അഭിപ്രായങ്ങളുണ്ട് ഇച്ഛ മാത്രം പ്രഭോ സൃഷ്ടിത ൂതിന്യന്തു ഭോ സൃഷ്ടിരിഷ സ്വഭാവയം മപ്പക്കാമസു കാര സൃഷ്ടി എന്താണ് എങ്ങനെയാണ് എന്നാണ് വിശദീകരിച്ചത് അടുത്ത് എന്തിനു വേണ്ടി സൃഷ്ടി സൃഷ്ടി സംബന്ധിച്ച് രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഈ സൃഷ്ടി എങ്ങനെ ഉണ്ടായി പ്രധാനമായിട്ടും അടുത്ത് ചോദിക്കും എന്തിനു വേണ്ടി സൃഷ്ടി എങ്ങനെയുണ്ടായി എന്നുള്ളതിനാണ് ഇതുവരെ പല അഭിപ്രായങ്ങൾ പറഞ്ഞത് സൃഷ്ടി എപ്രകാരമാണ് എന്നുള്ളത് അവിടുത്തെ സൃഷ്ടി എന്തിനു വേണ്ടി എന്തിനു വേണ്ടി സൃഷ്ടിച്ചു സൃഷ്ടി എങ്ങനെയായിക്കൊള്ളട്ടെ പക്ഷെ ഇത് എന്തിനു വേണ്ടി അതിന് ഇത്തരം പറയുന്നു ഭോഗാർത്ഥം ക്രീഡാർത്ഥം ഇതിജ അന്യേ സൃഷ്ടിയും മന്യേ ചിലത് പറയുന്നു ആ സൃഷ്ടാവിന്റെ അനുഭവത്തിന് വേണ്ടി സൃഷ്ടാവിന്റെ ഭോഗത്തിനു വേണ്ടി അതുകൊണ്ട് അതെങ്ങനെ സാധാരണ ജീവന്റെ അനുഭവങ്ങളുമായി താരതമ്യം ചെയ്താ പറയുന്നു നമ്മളെന്തിനെങ്കിലും ഒന്നിനെ സൃഷ്ടിക്കുന്നു കുലാലൻ ഘടത്തെ സൃഷ്ടിക്കുന്നു ഇതിനു വേണ്ടി അയാളുടെ അനുഭവത്തിന് വേണ്ടി അതിൽ നിന്ന് അയാൾക്ക് ഫലതും നേടാനോ അവന്റെ അനുഭവത്തിന് വേണ്ടിയാണ് അതുപോലെ ഈശ്വരനും അല്ലെങ്കിൽ സൃഷ്ടികർത്താവ് തന്റെ ഭോഗത്തിന് വേണ്ടി സൃഷ്ടി ഇതിനെ സൃഷ്ടിച്ചു ചിലർ മറ്റു ചിലർ പറയുന്നത് എന്താണോ ക്രീഡാർത്ഥം ഒരു വിനോദം എന്നാണ് ലീല സൃഷ്ടികർത്താവിന്റെ ഒരു ലീല ആ ലീലയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു മറ്റൊരു സമാധാനവും യുക്തിയുക്തമായ ഒരു സമാധാനവും പറയാതെ കഴിയാതെ വരുമ്പോ അവസാനം പറയുന്ന ഒന്നാണ് യുടെ പ്രയോജനത്തെ സംബന്ധിച്ച് ശരിയായ യുക്തിയുക്തമായ ഒരു സമാധാനവും കണ്ടെത്താൻ കഴിയാതെ വരുമ്പോ അവസാനമായി ക്രീഡാർത്ഥം എന്ന് പറയുന്നു മറ്റു ചില പറയുന്നു ഇതിന്റെ എല്ലാത്തിനും സമാധാനമായിട്ട് അവസാനം സിദ്ധാന്തം പറയുന്ന ദേവശേഷ സ്വഭാവവും ഇത് ഈ കാണുന്ന ഈ സൃഷ്ടി ആ ദേവന്റെ സ്വഭാവമാണ് അതാണ് ഈ കാണുന്ന സൃഷ്ടി എന്തുകൊണ്ട് ആപ്തകാമസ്യസ്പൃഹ ആപ്തകാമനായവൻ പൂർണ്ണ കാമനായവൻ ഇനി ഒരു കാമനങ്ങൾക്കും ഇടയില്ലാത്തവൻ അവനാണ് സൃഷ്ടി മനകളുണ്ടെങ്കിൽ അവൻ ജീവനായി സർവകാമനകളും പൂർത്തീകരിച്ചിരിക്കുന്നവന് സൃഷ്ടിക്കുന്നതാണ് പ്രേരണ ഒരു പ്രേരണയും ഉണ്ടാകാൻ വഴിയില്ല കാസ്തൃഹ അവനിലെങ്ങനെ ഒരു ഇച്ഛ ഉണ്ടാവും സൃഷ്ടിക്കണമെങ്കിൽ ഒരു ഇച്ഛ വേണമല്ലോ അത് ഭോഗാർത്ഥമായാലും ക്രീഡാർത്ഥമായാലും ഏതായാലും അതിന് പിന്നിലൊരിച്ഛ വേണം എല്ലാ ഇച്ഛകളും അവസാനിച്ചിരിക്കുന്നിടത്ത് സൃഷ്ടിക്ക് വേണ്ടി എങ്ങനെയൊരു ഇച്ഛ ഉണ്ടാവും ഈശ്വരനെ കുറിച്ചുള്ള പരമായ എന്താണ് ആപ്തകാമൻ ജീവന്മാരെ പോലെ കാമങ്ങൾക്ക് അധീനനുണ്ടാവും അതുകൊണ്ട് അങ്ങനെ ഒരു സ്പൃഹ ഇച്ഛ അല്ലെങ്കിൽ സൃഷ്ടിക്കുള്ള ഒരു പ്രേരണ ഇച്ഛാരൂപത്തിൽ സംഭവിക്കാൻ വഴിയില്ല അതുകൊണ്ട് തന്നെ എന്താണോ ഈ മറ്റു പക്ഷങ്ങൾ പൂർണമായും ശരിയല്ല ഇവിടെ ഈ പക്ഷങ്ങളെല്ലാം ഒരു തരത്തിലുണ്ടെങ്കിൽ മറ്റൊരു തരത്തിൽ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന ഈ പക്ഷങ്ങളുടെ പിന്നിൽ സൃഷ്ടികർത്താവിന്റെ ഒരു കാമനയെ സ്വീകരിക്കുകയാണെങ്കിൽ ഇതൊന്നും ശരിയല്ല ഒരു കാമന കാരണമല്ല അതുകൊണ്ട് പറയുന്നു അനയോർ പക്ഷയോർ ദൂഷണം ദേവസ്ജീവസ്വഭാവോയം ഇതിപ്പ് പറഞ്ഞ ഭൂകാർത്ഥം ക്രീഡാർത്ഥം എന്നെല്ലാം പറയുന്നത് കുറച്ചുകൂടി സ്പഷ്ടമായും നിഷേധിക്കാമെന്നുള്ളതാണ് നിഷ്കാമനായിരിക്കുന്ന ഈശ്വരനും സ്വന്തം വിനോദത്തിന് വേണ്ടിയൊരു ക്രീഡ സ്വന്തം അനുഭവത്തിന് വേണ്ടി ഒരു സൃഷ്ടി ഇതൊന്നും സംഭവിക്കത്തില്ല അതുകൊണ്ട് ഈ രണ്ടുപക്ഷത്തെയും മുഖ്യമായി നിഷേധിക്കുന്നു ക്രീഡാർത്ഥം എന്ന് പറയുന്നു അതിനുവേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞു ദേവസ്വപക്ഷം ആചരിച്ച സർവേഷാം ഭാവപക്ഷാണ് ആപ്തകാമസ്യ കാസഹ പറഞ്ഞു അവസാനം പറഞ്ഞ രണ്ടുപക്ഷങ്ങൾ ഭോഗാർത്ഥം എന്ന് പറയും സൃഷ്ടി എന്തിനു എന്നുള്ള ചോദ്യത്തിന് സമാധാനം പറയുന്നതാണ് സ്വഭാവപക്ഷത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെ നിഷേധിക്കും എങ്ങനെ ഇത് ദേവന്റെ സ്വഭാവമാണെന്ന് പറയുമ്പോൾ മറ്റെന്തിനെങ്കിലും വേണ്ടി ഒരു സൃഷ്ടി ഇവിടെ സ്വഭാവം എന്ന് പറയുമ്പോൾ സൃഷ്ടികർത്താവിന്റെ സ്വരൂപം തന്നെയാണ് അതിന് സൃഷ്ടികർത്താവിൽ നിന്ന് നമുക്ക് വേർതിരിക്കാൻ കഴിയില്ല ാണ് ഒരാദി ഒരു മധ്യം ഒരന്തം ഇങ്ങനെയുള്ള ഒരു സൃഷ്ടി ഇവിടെ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിലേ അത് എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യത്തിൽ പ്രസക്തി സൃഷ്ടി സൃഷ്ടാവിനൊന്നും അന്യമല്ല സൃഷ്ടാവിന് ആദിമ്യാന്തങ്ങളില്ലെങ്കിൽ സൃഷ്ടിക്കുമില്ല ആദിമ്യാന്തങ്ങൾ അസൃഷ്ടാവിന്റെ സ്വരൂപം തന്നെ എന്നറിഞ്ഞാൽ പിന്നെ എന്തിനു ഇത് സൃഷ്ടിച്ചു എന്തിനു സൃഷ്ടിച്ചു എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സൃഷ്ടിയെക്കുറിച്ചൊരു സങ്കല്പമുണ്ടെന്താണ് ഒരിക്കലും സൃഷ്ടിയില്ലായിരുന്നു പിന്നെ ഉണ്ടായി പിന്നീട് നശിച്ചു അങ്ങനെ ഒരു സങ്കല്പം വരും ഇല്ലാതിരുന്ന അവസ്ഥയിൽ നിന്നും ഈശ്വരൻ എന്തിനു വേണ്ടി ഇതിനെയൊക്കെ സൃഷ്ടിച്ചു എന്നാണ് ചോദ്യത്തിന്റെ താല്പര്യം ഇവിടെ പറയുന്നു അത് സ്വഭാവമാണെന്ന് പറയുമ്പോൾ സ്വഭാവം ഒരിക്കലും മാറ്റാൻ കഴിയാത്തതാണ് സ്വഭാവം അത് തന്നെയാണ് സൃഷ്ടിയില്ലാതിരുന്ന ഒരു കാലം പിന്നെ സൃഷ്ടി ഉണ്ടായ കാലം സൃഷ്ടി നശിക്കുന്ന കാലം ഇങ്ങനെയുള്ള കാലങ്ങൾക്കൊന്നും അവിടെ നിലനിൽക്കുന്നു അതുകൊണ്ട് സ്പഷ്ടമായും എന്തിനു വേണ്ടി എന്നുള്ള ആ ചോദ്യത്തിന് സമാധാനമാണ് ഈ സ്വഭാവവാദം സൃഷ്ടി എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല സൃഷ്ടി അസൃഷ്ടാവ് തന്നെയാണ് അതാണ് സ്വഭാവപക്ഷം ആശ്രിത്യം സൃഷ്ടിയെ സംബന്ധിച്ച് തത്വചിന്തയിൽ അവസാനത്തെ സ്വഭാവപക്ഷം അതിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ സർവേഷാം വാപക്ഷണോ സർവപക്ഷങ്ങളെയും നിഷേധിക്കും സൃഷ്ടിയെ സംബന്ധിച്ച് എന്തെല്ലാം അത് ആധ്യാത്മികമായാലും ഭൌതികമായാലും അതിന് നിഷേധിക്കും സ്വഭാവവാദത്തെ ഭൌതികവാദികൾ അംഗീകരിക്കത്തില്ല ഭൗതികവാദത്തിൽ സ്വഭാവപക്ഷത്തെ സ്വീകരിക്കത്തില്ല എന്തുകൊണ്ടാണ് എങ്കിലൊരു വസ്തു അതെന്തുകൊണ്ട് എന്തിനുവേണ്ടി എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് അതതിന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അന്വേഷണം ആവശ്യമില്ല അന്വേഷണം അവിടെ നിൽക്കുകയും ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണോ അതന്വേഷണത്തിലും കണ്ടെത്തലിലും നിലനിൽക്കുന്ന ഒന്നാണ് ഒരു ശാസ്ത്രമാണ് അന്വേഷണത്തെ നിഷേധിച്ചുകഴിഞ്ഞാൽ പിന്നെ കണ്ടെത്തലുകളില്ല അപ്പിന്നെ ശാസ്ത്രം അവിടെ അവസാനിച്ച് അതുകൊണ്ട് ഭൗതിക ശാസ്ത്രത്തിൽ സ്വഭാവവാദത്തെ അംഗീകരിക്കുന്നു അവർക്ക് സ്വീകാര്യമായ ഒരു കാര്യം അത് സ്വീകരിച്ചാൽ തന്നെ ഭൗതികമായ അന്വേഷണങ്ങളും കണ്ടെത്തലുകളും എല്ലാം അതോടെ അവസാനിച്ച് അങ്ങനെ രണ്ടൊന്നുമുള്ള വ്യത്യാസം ഒരു ആധ്യാത്മിക ശാസ്ത്രത്തിൽ പ്രത്യേകിച്ച് ഇവിടെ സ്വഭാവവാദത്തെ അംഗീകരിക്കുന്നതിന് ഈ അന്വേഷണങ്ങളും കണ്ടെത്തലുകളും എല്ലാം അവസാനിക്കാൻ വേണ്ടിയിട്ടാണ് ഭൗതിക ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ഭൌതികവാദത്തിൽ എന്താണോ നിലനിൽക്കണം തുടരണം എന്നാഗ്രഹിക്കുന്നത് അത് അവസാനിപ്പിക്കണമെന്നും ഈ സ്വഭാവപക്ഷത്തെ സ്വീകരിച്ചിരിക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി എന്തുകൊണ്ട് ജൊലിക്കുന്നു അതെന്തുകൊണ്ട് ഉഷ്ണമുള്ളതായിരിക്കുന്നു അതെന്തുകൊണ്ട് പ്രകാശത്ത് തരുന്നു ഭൗതികമായ അതിന്റെ മറുപടിയാണെങ്കിലും അതിന് അഗ്നിയെ ഭൗതികമായി തന്നെ പഠിക്കണം പരിശോധിക്കണം അതിനെ അതിന്റെ ഘടകങ്ങളായി വിഭജിക്കണം എന്നിട്ട് അവസാനം അതിൽ ചില കണ്ടെത്തലുകൾ ഉണ്ടാകും എന്താണോ ആ അഗ്നി എന്ന് പറയുന്ന വസ്തുവിന്റെ ഇന്ന ഇന്ന അംശങ്ങളാണ് ചൂട് ഉണ്ടാക്കുന്നത് ഇന്ന അംശമാണ് തരുന്നത് അതിന്റെ ഘടകങ്ങളോ അതിന്റെ ധാതുക്കളോ അതിന്റെ മൂലകങ്ങളോ ആണിതിന് ഉത്തരവാദികളെന്ന് കണ്ടുപിടിക്കും അപ്പം അവിടെ ഒരു അന്വേഷണവും കണ്ടെത്തുന്നുണ്ട് ഒരാളത് കണ്ടുപിടിച്ച് ഇന്നതാണ് ഇന്ന ഘടകമാണ് പ്രകാശത്ത് തരുന്നതെന്ന് ഒരു ഒരാൾ ഇപ്പം ഒരന്വേഷണത്തിൽ അത് വെളിപ്പെട്ടാൽ അതവിടെ അവസാനിക്കത്തുകൊണ്ട് ആ അന്വേഷണം മറ്റൊരാൾ വീണ്ടും തുടരും തുടർന്നിട്ട് പറയും അതല്ല അതിനകത്ത് മറ്റൊരം വിശമാണ് അതാണ് ചൂടിനെ തരുന്നത് വീണ്ടും അത് പഠനാർഹമാണ് വീണ്ടും പഠിക്കേണ്ടതായി വിശേഷിക്കും എന്ന് മറ്റൊരാൾ കണ്ടെത്തി വെളിപ്പെടുത്തും അവിടെ അത് അവസാനിക്കത്തില്ല വീണ്ടും വേറൊരാൾ അതിനെ വീണ്ടും ആ അംശത്തെ എടുത്ത് പഠിക്കും പഠിച്ചിട്ട് പറയും അതല്ല ഇനി അതില്ല അതിനും സൂക്ഷ്മമായ മറ്റൊരംശ് അതാണ് ചൂടിനെയും പ്രകാശത്തെയും തരുന്നത് ഈ പഠനത്തിന്റെ അന്വേഷണത്തിന്റെ ഒരു തകരാറെന്താണ് ഇവിടെ പുതിയ പുതിയ അന്വേഷണങ്ങൾ പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തുന്നുണ്ടെങ്കിലും അതിന് വരുന്നൊരു ദോഷം എന്താണ് ഇതിനവസാനമില്ല അത് തന്നെ ദോഷം ഈ അന്വേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും ഈ ജീവന്റെ ബുദ്ധി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഇതിനവസാനമുണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ആധ്യാത്മികമായി അങ്ങനെയല്ല സ്വഭാവപക്ഷത്തെ സ്വീകരിച്ചു കഴിഞ്ഞാലോ അന്വേഷണങ്ങളും കണ്ടെത്തലുകളും എല്ലാം അവസാനിക്കുകയാണ് അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എവിടെ നമ്മൾ സ്വഭാപക്ഷത്തെ സ്വീകരിക്കുന്നു പിന്നെ അന്വേഷണമില്ല അവിടെ തീർന്നു അത് ശരിയല്ലോ എന്ന് പറയും ചിലർ അപ്പം നമ്മളുടെ മുന്നോട്ടുള്ള പോക്കെല്ലാം നിലച്ചുപോകും അന്വേഷണങ്ങളും കണ്ടെത്തലുകളും ഇല്ലെങ്കിൽ മനുഷ്യന് പിന്നെങ്ങനെ പുരോഗമിക്കാൻ പറ്റും ഈ രോഗം പിന്നെ എങ്ങനെ മുമ്പോട്ട് പോകും എന്നൊക്കെ ചിന്തിക്കും ഇവിടെ തത്വചിന്തയില്ല അതല്ല ഇതെങ്ങനെ മുമ്പോട്ട് പോകും ഇതിനെങ്ങനെ നിലനിർത്തും എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം ഇതെങ്ങനെ അവസാനിപ്പിക്കാം എന്നുള്ളതാണ് ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപായങ്ങൾ ഇവിടെ അന്വേഷിക്കുന്നത് മറ്റേ അങ്ങനെയല്ല അന്വേഷണങ്ങൾ കണ്ടെത്തലുകൾ പിന്നെ അതിന്റെ പ്രായോഗികമായ പ്രയോഗങ്ങൾ അതിന്റെ ലാഭങ്ങൾ അതിന്റെ നഷ്ടം കോട്ടം ഈ രീതിയിലാണ് ഭൗതികശാസ്ത്രം മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ടാണ് സ്വഭാവപക്ഷത്തെ ആശ്രയിക്കാത്തതും സ്വഭാവവാദത്തെ നിഷേധിക്കുന്നു ഇവിടെ എങ്ങനെയാണ് ഇവിടെ ഇത് അവസാനിപ്പിക്കുന്നു എങ്ങനെ അവസാനിപ്പിക്കുന്നു ഇവിടെ ആത്യന്തികമായി പറയുന്ന എന്താണ് ചിത്തവിശ്രാന്തി അന്വേഷണങ്ങളും കണ്ടെത്തലുകളും തുടർന്നുകൊണ്ടിരുന്നാൽ ചിത്തത്തിന് വിശ്രാന്തി ഉണ്ടാകുന്നു ചിത്രം ചിത്രം ഇങ്ങനെ അവിരാമമായി ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് സംസാരം അതാണ് സംസാരമെന്ന് പറയുന്നത് ജീവന്റെ മുന്നോട്ടുള്ള പോരാമിടണം ആ വിരാമം ഇടുന്നതിന് ചിന്ത എങ്ങനെ സഹായിക്കും അതാണ് തത്വചിന്തയിൽ പ്രധാനമായും ആശ്രയിക്കുന്നത് ചിന്ത കൊണ്ട് തന്നെ ചിന്തയ്ക്ക് വിരാമം ഇടുക ചിന്ത കൊണ്ട് തന്നെ ചിന്തയെ അവസാനിപ്പിക്കുക അതിന് ചിന്തിക്കാതിരിക്കണം സ്വഭാവപക്ഷത്തിൽ എത്തിച്ചേരുമ്പോ എന്തുന്നു പിന്നെ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല ആധ്യാത്മികമായി അല്ലെങ്കിൽ തത്വചിന്താപരമായി മാത്രമേ ഇതിന്റെ ആവശ്യവും തത്വചിന്ത തന്നെ പലതരത്തിലുണ്ട് അവസാനമില്ലാതെ ചിന്തിച്ച് പോവുക അതും ഒരു തരത്തിലുള്ള ചിന്തയാണ് പക്ഷെ ഇവിടെ അതല്ല ഇവിടെ ചിത്തവിശ്രാന്തിക്ക് വേണ്ടിയുള്ള ചിന്തയാണ് സ്വഭാവപക്ഷത്തിൽ അതവിടെ അവസാനിക്കുന്നു അഗ്നി എന്തുകൊണ്ട് ജോലിക്കുന്നു അതതിന്റെ സ്വഭാവം ഇത് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എങ്ങനെ നിലനിൽക്കുന്നു എന്തിനു ഉണ്ടായി അതെല്ലാം പ്രപഞ്ച കർത്താവിന്റെ സ്വഭാവം അതിനപ്പുറം മറ്റൊന്നും അവിടെ ചിത്രത്തിന് വിശ്രാന്തി വരും പിന്നെ ചിന്തിക്കേണ്ട ആവശ്യം വരും ഇത് തത്വചിന്തയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇതിന് ഭൌതിക ചിന്തകളുമായിട്ട് ബന്ധിപ്പിക്കരുത് ഭൌതിക ചിന്തയിൽ അവിടെ നമുക്ക് പലതും നേടാനുണ്ട് ലാഭനഷ്ടങ്ങളെല്ലാം ഉണ്ടാകാം ഇവിടെ അതൊന്നുമില്ല ഇവിടെ കേവലമായ ചിത്തവിശ്രാന്തി അതിനുവേണ്ടിയിട്ടാണ് ഈ പക്ഷത്തെ ആശ്രയിച്ചിട്ട് മറ്റ് പക്ഷങ്ങളെല്ലാം നിഷേധിക്കുന്നത് മറ്റ് ഏതൊരു പക്ഷത്തെ സ്വീകരിച്ചാലും ശരി അതിനോട് ഈ സ്വഭാവ പക്ഷത്തെ അംഗീകരിച്ചില്ലെങ്കിൽ അവിടെ ചിന്ത അവസാനിക്കത്തില്ല അതാണ് സ്വഭാവപക്ഷത്തെ പ്രത്യേകം സ്വീകരിക്കുന്നത് സൃഷ്ടിയെ സംബന്ധിച്ച് ഭൗതികമായോ ആധ്യാത്മികമായോ ചിന്തിക്കുന്ന ഏതു തരത്തിലുള്ള ചിന്തയായി ചിന്തി സ്വഭാവപക്ഷത്ത് സ്വീകരിച്ചില്ലെങ്കിൽ ചിന്ത നിക്കത്തില്ല ഉദാഹരണം ഇവിടെ പറയുന്നു ക്രീഡാർത്ഥം സൃഷ്ടി എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിന് ഒരുത്തരം പറയുന്നത് ക്രീഡാർത്ഥം നമ്മുടെ ചിന്ത ഉടൻ നിക്കത്തില്ല ഇതൊരു ക്രീഡയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ഉടൻ ചോദിക്കും ആര് ആരുടെ വിനോദത്തിന് വേണ്ടി ആപ്തകാമനൻ ആണെങ്കിൽ പിന്നെ എന്തിനു വേണ്ടി വിനോദം അപ്പോൾ അത് ശരിയല്ലല്ലോ ആ പക്ഷം പൂർണമല്ലല്ലോ അവിടെയും വീണ്ടും യുക്തികൾ വരും തത്വചിന്തയിൽ തന്നെ യുക്തികൾ വരും ആധ്യാത്മിക ചിന്തയിൽ തന്നെ അതെല്ലാവരെയും തൃപ്തിപ്പെടുത്തും അതുകൊണ്ടാണ് ഓരോ പക്ഷത്തെയും എടുത്തിട്ട് സ്വഭാവവാദത്തിൽ കൊണ്ടുവന്ന അവസാനത്തിൽ ഭോഗാർത്ഥം തന്റെ അനുഭവത്തിനു വേണ്ടിയാണ് സൃഷ്ടിക്കടത്താവിന്റെ അനുഭവം അനുഭവത്തിൽ പൂർണ്ണനായിരിക്കുന്നവന് പിന്നെ ഇനി എന്താ അനുഭവം അനുഭവം എന്ന് പറയുന്നത് എന്താണ് സുഖ ദുഃഖാതി അനുഭവങ്ങളാണ് അല്ലാതെ അനുഭവമില്ല അത് ജീവൻ അനുഭവിക്കുന്നതാണ് ആ ഒരു അനുഭവം സൃഷ്ടികർത്താവിന് വേണം എന്നാൽ പിന്നെന്താ സൃഷ്ടികർത്താവിന് സർവജ്ഞനെന്നും സർവ്വശക്തനെന്നും ആപ്തകാമനെന്നും എല്ലാം പറയുന്നു അത് ഭോഗാർത്ഥമെന്നുള്ള പക്ഷം സ്വീകരിക്കാൻ പറ്റത്തില്ല സ്വപ്നമായ സ്വരൂപം കാലാപ്രസംഗ ഇച്ഛാ മാത്രം പ്രഭുവിന്റെ ഇച്ഛയാണ് സങ്കല്പമാണ് എന്തിനു സങ്കല്പിക്കണം സങ്കല്പശൂന്യൻ തന്നെ സൃഷ്ടികർത്താവും ജീവന്മാരെ പോലെ സങ്കല്പിക്കുന്നവനാണ് സങ്കല്പശൂന്യനായിരിക്കുന്നവൻ ബോധപൂർവ സങ്കല്പിച്ച് ഈ സംസാരത്തെ എന്തിനുണ്ടാകണം തന്റെ സ്വരൂപത്തിൽ സങ്കല്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതെവിടെ നിന്നുണ്ടായി സങ്കല്പം അവിടെയും വരെ നിരവധി എന്താണ് കാല പ്രസൂതി കാലമാണ് എന്ന് പറയുന്നു കാലം സംബന്ധിച്ച് ചോദിക്കും ഈ കാലം എന്താണ് ഈ കാലം മായയാണോ അത് അവിദ്യയാണോ കാലത്തിന് ആദ്യന്തങ്ങളുണ്ടോ അപ്പൊ കാലം ഉത്പത്തിക്കുന്ന മുമ്പ് എന്തുകൊണ്ട് അവിടെ എന്തായിരുന്നു നിരവധി ചോദ്യങ്ങൾ സ്വപ്ന സമാനമാണ് ഇന്ദ്രജാല സമാനമാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും അതാരുടെ സ്വപ്നമാണ് ആരുടെ ഇന്ദ്രജാലമാണ് ജീവൻറേതാണോ അതോ ഈശ്വരൻ്റെതാണോ അപ്പൊ ഈശ്വരൻ സ്വപ്നം കാണുന്നു എന്ന് പറഞ്ഞാൽ പറയാതൊരു വിഡ്ഢിത്തമാണല്ലോ ജീവൻ സ്വപ്നം കാണുന്നത് ഈശ്വരനും സ്വപ്നം കാണുന്നു അപ്പൊ സ്വപ്നം കാണുന്ന സമയത്ത് ഈശ്വരൻ ജ്ഞാനിയായിരുന്നോ അജ്ഞാനിയായിരുന്നോ നിരവധി ചോദ്യങ്ങളുണ്ട് ഇന്ദ്രജാലം ഇന്ദ്രജാലം എന്ന് പറയുന്ന ആരുടെ പണിയാണ് അജ്ഞന്റെ പണിയാണ് സർവജ്ഞനായിരിക്കുന്ന ഈശ്വരന് ഇന്ദ്രജാലം കാണിച്ചെന്താ സന്തോഷിക്കാൻ അപ്പോ ഇന്ദ്രജാലം പോലെയാണ് സ്വപ്നം പോലെയാണ് ഇവിടെയൊന്നും സമാധാനം കിട്ടത്തില്ല ഇവിടെ പറയുന്ന ഏതു പക്ഷത്തെ എടുത്താലും ശരി അവിടെ എല്ലാ ചോദ്യവും എന്ന് പറയും ഈശ്വരന്റെ വിഭൂതിയാണ് എന്താണ് വിഭൂതി എന്ന് പറഞ്ഞാൽ പലതായി ഭവിക്കുക എന്നുള്ളതാണ് ഏകനായിരിക്കുന്ന ഈശ്വരൻ എന്തിനു പലതായി ഭവിക്കണം ഏകനായിരുന്നാ പോലെ പലതായി ഭവിച്ചതുകൊണ്ടാണ് ഈ സംസാരം ഉണ്ടായത് സംസാരം ഉണ്ടായത് പിന്നെ മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുന്നത് ഏകനായി തന്നെ ഇരുന്നാ മതി പലതാകണ്ട സംസാരത്തെ ഉണ്ടാകണ്ട പിന്നെ മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കണ്ട ഇതൊരു ഇവിടെ തന്നെ എന്തോരും പല സിദ്ധാന്തങ്ങളും വരും അതിനെല്ലാം സമാധാനം പറയേണ്ടി വരും ഇത് ഈ പക്ഷങ്ങളെ സ്വീകരിക്കുന്നവരെല്ലാം ഈ ചോദ്യങ്ങൾക്ക് സമാധാനം പറയാൻ വിഷമിക്കുന്നു യുക്തിയുക്തമായ സമാധാനം കിട്ടത്തില്ല അതുകൊണ്ട് എന്ന് പറയുന്നു ഇതിനെല്ലാം കൊണ്ടുവന്ന് അവസാനിപ്പിക്കാം ഇത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സ്വീകരിക്കാം ഇത് സ്വപ്നമെന്നോ മായയെന്നോ വിഭൂതിയെന്നോ ഭോഗാർത്ഥമെന്നോ ക്രീഡാർത്ഥമെന്നോ ഏത് വേണമെന്ന് സ്വീകരിക്കാം പക്ഷേ ഇതിനെ അവസാനിപ്പിക്കുന്ന ഇവിടെ സ്വഭാവപക്ഷത്തിൽ അവസാനിപ്പിക്കും ഇത് ദേവന്റെ സ്വഭാവമാണ് ദേവന്റെ സ്വരൂപമാണ് ദേവന്റെ സ്വരൂപമാണെന്ന് പറയുമ്പോൾ ഇവിടെ ഭോഗത്തിന് വേണ്ടിയോയോ അല്ലെങ്കിൽ ക്രീഡയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വിഭൂതിയായിട്ടോ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല അതാണ് മണ്ടൂക്കിയ ഉപനിഷത്തിന്റെ ഈ കരികയിലെല്ലാം പറയുന്ന തത്വതിന്റെ അതാണ് അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടെ സ്വഭാവം എന്ന് പറയുമ്പോൾ എന്താണ് ആദ്യം അഗ്നി എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടാവുക അത് കഴിഞ്ഞ് അതിൽ പ്രകാശം ഉണ്ടാകുക അത് കഴിഞ്ഞ് അതിൽ ഉഷ്ണമുണ്ടാകുക അത് കഴിഞ്ഞ് അത് ജടിക്കുക ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഇങ്ങനെയൊന്നും സംഭവിക്കാത്തതുകൊണ്ടാണ് പറയുന്നത് എന്താണ് അഗ്നിയുടെ സ്വഭാവമാണ് ഉഷ്ണം എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം അഗ്നി ഉണ്ടായി രണ്ടാമത് ഉഷ്ണുണ്ടാകുന്നു ആദ്യം സ്രഷ്ടാവുണ്ടായി പിന്നീട് സൃഷ്ടി ഉണ്ടാകുന്നുണ്ട് ആദ്യ സൃഷ്ടാവ് പിന്നീട് സൃഷ്ടി എന്ന് വന്നാൽ ഈ ചോദ്യങ്ങളെല്ലാം അങ്ങനെ സൃഷ്ടിയില്ലാതെ സൃഷ്ടാവ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ചോദ്യങ്ങളെല്ലാം ഉണ്ടാകും സ്വഭാവത്തെ അതിൽ നമുക്ക് വേഴുതിരിക്കാനൊക്കത്തില്ല അഗ്നിയിൽ നിന്ന് ഉഷ്ണത്തെ വേഴുതിരിക്കാനൊക്കത്തില്ല അപ്പോൾ അഗ്നി എന്താണോ അത് അതാണ് അഗ്നിയെ സംബന്ധിച്ച് ഉള്ള താത്വികമായ നിലപാട് ഇത് മനസ്സിലാക്കണം ചിത്ത വിശ്രാന്തിക്ക് വേണ്ടിയുള്ള കേവലം തത്വചിന്തയാണ് ഇതിനെ നമ്മൾ ഭൌതികമായ ദൃഷ്ടി കൊണ്ട് കാണുകയും ഭൌതികമായ യുക്തികൾ അവിടെ പ്രയോഗിക്കുകയും ചെയ്തു താത്വികമായിട്ടാണ് തത്വചിന്ത എന്ന് പറഞ്ഞാൽ പരമാർത്ഥചിന്ത ഇവിടെ പരമാർത്ഥത്തെ മാത്രം ബോധിച്ചാണ് ബാക്കി പ്രപഞ്ചത്തിന്റെ നാനാത്വം അതിന്റെ വിശേഷതകൾ അതിന്റെ സത്യം അസത്യം ഇതൊന്നും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തത്വചിത അപ്പൊ പരമാർത്ഥത്തെ ബോധിപ്പിക്കുമ്പോൾ എന്താണോ അഗ്നിയുടെ സ്വഭാവമാണ് വിഷ്ണു അഗ്നി എന്നുണ്ടായി എന്നുവരെ നിലനിൽക്കുന്നു എന്നുവരെ നശിക്കുന്നു അതുവരെ ഉണ്ട് വിഷ്ണു നമുക്ക് വേറെ ഇരിക്കാനൊക്കെ അതാണ് വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ ഇതാണ് അഥവന്റെ സ്വഭാവ എന്ന് പറഞ്ഞാൽ എന്താണോ ഒരിക്കലും അവനിൽ നിന്നത് മാറ്റാൻ ഒക്കത്തില്ല നമ്മൾ സാറിന് പറയുന്ന അതുപോലെ സൃഷ്ടാവിന്റെ സ്വഭാവമാണിത് ഈ പ്രപഞ്ചം എനിക്ക് സൃഷ്ടാവിൽ നിന്ന് വേറിട്ട് ഒരു സൃഷ്ടിയില്ല സൃഷ്ടിയും സ്രഷ്ടാവും ഒന്ന് തന്നെ അദ്വൈതം ഏകം എന്നാലേ അദ്വൈതത്തെ അംഗീകരിക്കാൻ പറ്റും ഏതെങ്കിലും തരത്തിലൊരു സൃഷ്ടിയെ വേറിട്ട് അംഗീകരിച്ചു ഞാൻ അവിടെ ദ്വൈതം വരും ഒരു സൃഷ്ടി അതിന്റെ ഒരു സൃഷ്ടാവ് അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഭൗതികമായ ചിന്തയും തത്വചിന്തയും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഈ സ്വഭാവവാദത്തെ അംഗീകരിക്കാതെയുള്ള തത്വചിന്തകളിൽ വരുന്ന ദോഷം മറ്റേത് തത്വചിന്തയായി അവിടെ വ്യക്തിഭംഗമിട്ടുണ്ട് വ്യക്തിക്ക് സ്വീകരിക്കാൻ വയ്യാത്ത പലതും വരും ഇത് ംഗമൊന്നും വരുന്നില്ല എന്തുകൊണ്ട് നമുക്കത് ദൃഷ്ടാന്തത്തിൽ തന്നെ വ്യക്തമാണ് അഗ്നിയുടെ സ്വഭാവമാണ് അഗ്നിയിൽ നിന്ന് വേർതിരിക്കാൻ വയ്യാത്തതാണ് അതിന്റെ ഉഷ്ണമെന്ന് പറഞ്ഞാൽ അത് വ്യക്തമാണോ അതൊരു പ്രാപഞ്ചികമായ സത്യമാണ് അതുപോലെ ആധ്യാത്മികമായൊരു സത്യമാണ് ഈ സൃഷ്ടി സൃഷ്ടാവിൽ നിന്നും ഏറെയല്ല സൃഷ്ടാവ് തന്നെയാണ് പക്ഷേ അത് ഏകമാണ് അദ്വീയമാണെങ്കിൽ നമുക്കത് അങ്ങനെ തന്നെ എന്തുകൊണ്ട് അനുഭവപ്പെടുന്നില്ല അങ്ങനെയാണല്ലോ അനുഭവപ്പെടേണ്ടത് അത് സമാധാനം പറയും എന്താണോ മായാ മാത്രം മായാ മാത്രമായിരിക്കുന്നുകൊണ്ട് നമുക്കത് ആ തരത്തിൽ നമുക്കനുഭവപ്പെടുന്നില്ല നമുക്കനുഭവപ്പെടുന്ന ഈ സൃഷ്ടിയുടെ സ്ഥിതി എന്താണോ നമുക്ക് വ്യത്യസ്തമായി സൃഷ്ടി അനുഭവപ്പെടുന്നുണ്ട് സൃഷ്ടാവായിട്ടല്ലോ നമുക്ക് അനുഭവപ്പെടുന്നത് നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എന്താണോ അവിടെ പറയും മായാ മാത്രം ഇതം സർവം നിങ്ങൾക്ക് എന്താണോ അനുഭവപ്പെടുന്നത് അത് മായയാണോ അദ്വൈതം പരമാർത്ഥത പരമാർത്ഥത്ത് അദ്വൈതമാണ് അപ്പൊ ഇവിടെ ബോധിപ്പിക്കുന്നത് പരമാർത്ഥത്തെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതിനെ വീണ്ടും ബോധിപ്പിക്കേണ്ട കാര്യ ദ്വൈതത്തെ അല്ലെങ്കിൽ മായയെ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നതിനെ പിന്നീട് പഠിപ്പിക്കേണ്ട കാര്യം ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഭൗതികമായി ഇവിടെ ചിന്തിക്കുക പാരമാർത്ഥികമായി മാത്രം ഇവിടെ ചിന്തിക്കുന്നത് ഭൗതികമായ കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് പരിശ്രമിച്ച് ബോധ്യപ്പെടാവുന്നതാണ് അതിനെ വീണ്ടും ശ്രുതി ബോധ്യപ്പെടേണ്ട കാര്യമുണ്ട് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല ഭൗതികമായ ഏത് കാര്യത്തിന്റെയും രഹസ്യത്തെ വെളിപ്പെടുത്തുന്നതിന് നമ്മുടെ ബുദ്ധിക്ക് ശേഷിയുള്ള നമ്മുടെ ബുദ്ധിക്ക് ശേഷിയുള്ള ഒരു കാര്യത്തെ പിന്നീട് ശ്രുതി വെളിപ്പെടുത്തേണ്ട കാര്യം പ്രാധാന്യം ഏതിനാണ് ശ്രുതിക്കാൻ നമ്മൾ പ്രത്യക്ഷമായി ഗ്രഹിക്കുന്നതല്ല എങ്ങനെ നമ്മുടെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്ന അപ്പൊ ഭൗതികമായ നമ്മൾ സത്യമെന്ന് കരുതുന്ന ഈ സൃഷ്ടിയുടെ ഏത് കാര്യങ്ങളും എത്ര മാത്രം വേണമെങ്കിലും നമ്മുടെ ബുദ്ധിക്ക് വെളിപ്പെടുത്തണം നമ്മുടെ ശ്രുതിയുടെ ആവശ്യമില്ല അതിനുവേണ്ടി ശ്രുതി പരിശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് ശ്രുതിയിൽ നിന്ന് നമ്മൾ ഭൗതികശാസ്ത്രം പഠിക്കേണ്ട കാര്യമില്ല അതിന് നമ്മുടെ ബുദ്ധി തന്നെ പര്യാപ്തമാവും അതിന് കഴിയും അതിന് പോരായ്മകളുണ്ട് കഴിവുണ്ട് അത് രണ്ടും കൊണ്ടത് അതിനു വേണ്ടത്ര കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് പഠിക്കാം ശ്രുതി അതല്ല ശ്രുതി പരമാർത്ഥത്തെ ബോധിപ്പിക്കുകയാണ് അപ്പോ പരമാർത്ഥം എന്താണ് അത് ഏകമാണ് അദ്വയമാണ് അതാണിത് സർവവും അതുകൊണ്ട് ഇത് അയം യേഷ ഈ കാണുന്നത് കാണുന്നത് അനുഭവപ്പെടുന്നത് എന്താണ് എല്ലാം ആ സ്രഷ്ടാവ് തന്നെയാണ് എന്ന ചിട്ടിയെ സംബന്ധിച്ച് അവസാനമാക്കി ഇവിടെ പറഞ്ഞിരിക്കുകയാണ് എന്തിനങ്ങനെ പറയുന്നു അതാണ് ആദ്യം ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ് ഇതിൽ തന്നെ ഇങ്ങനെ തുടരുക എന്നുള്ളതല്ല ഈ ചിന്തയിൽ തന്നെ തുടരുക എന്നുള്ളതല്ല ഈ ചിത്തവൃത്തികളിൽ തന്നെ നിരന്തരം തുടർന്നു പോകുക എന്നുള്ളതല്ല പിന്നെ ആ ചിത്തത്തിനൊരു വിശ്രാന്തി സംഭവിക്കും ആ വേണ്ടി അത് പരമാർത്ഥത്തെ ബോധിപ്പിച്ചാലേ പറ്റും പരമാർത്ഥത്തെ ബോധിപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ ചിന്ത നിൽക്കണം ചിന്ത നിൽക്കുന്നിടത്തെ ആ ചിത്രത്തിന് വിശ്രാന്തി സംഭവിക്കട്ടുള്ളൂ അത് പരമാർത്ഥത്തെ ബോധിപ്പിക്കാതെ എങ്ങനെ നിങ്ങളീ ശ്രുതിയിലൂടെ വേദത്തിലൂടെ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ഭൌതികത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ചിത്തത്തിന് വിശ്രാന്തി ഉണ്ടാകത്തില്ല പഠനം നടന്നുകൊണ്ടേയിരിക്കും ചിത്തവിശ്രാന്തി ഇല്ലാതെ സംസാരം നിവൃത്തി ഉണ്ടാകത്തില്ല ദുരിതം നിവൃത്തി ഉണ്ടാകത്തില്ല അതുകൊണ്ട് പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു അവിടെ ചിത്തം വിശ്രമിക്കുന്നു അപ്പോൾ അവിടെ ചിലർക്ക് സംശയം വരാം ചിത്തവിശ്രാന്തിക്ക് പരമാർത്ഥം ബോധിക്കേണ്ട കാര്യമുണ്ടല്ലോ അത് ഉറക്കത്തിൽ സംഭവിക്കുന്നുണ്ടല്ലോ പരമാർത്ഥം ബോധിക്കാതെ തന്നെ അനുക്ഷണം ഇത് സംഭവിച്ചുണ്ടേ അവിടെ ചിത്തവിശ്രാന്തി ഉണ്ടല്ലോ ആ ചിത്തവിശ്രാന്തി പോലെ അവിടെ സംസാരം നിവർത്തിയുണ്ട് അവിടെ സംസാരമില്ല ആനന്ദപ്രാപ്തിയുണ്ടെന്ന് വേണമെങ്കിലും പറയാം അപ്പൊ അതുപോലെ അത് പോലെ കാരണം അതും ഭൗതികമാണ് കാരണം ചിത്രത്തിന്റെ വിശ്രാന്തിയും ആനന്ദപ്രാപ്തിയും അത് ഭൗതികമായും ഭൗതികമായ അന്വേഷണങ്ങളും ചിത്തം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അവിടെ വിശ്രാന്തി പക്ഷെ ഭൗതികമായ കണ്ടെത്തലുകളിൽ അവിടെ ചിത്തം വിശ്രമിക്കുന്നു എന്തിനെങ്കിലും ഒന്ന് നമ്മൾ അന്വേഷിച്ച് അറിഞ്ഞ് കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ ചിത്തത്തിന് വിശ്രാന്തി താത്കാലികമായി അവിടെ ആനന്ദമുണ്ട് ആ ഫലം അനുകൂലമാണെങ്കിൽ ആനന്ദം വരും നമ്മുടെ നമുക്ക് അനുകൂലമാണെന്ന് തോന്നിയാൽ അവിടെ ആനന്ദം പ്രതികൂലമാണെന്നുണ്ടാലോ ചിത്തം വീണ്ടും ചെലു ഇത് എല്ലാം ഭൗതികമായി തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് സുഷുപ്തിയിലെ ചിത്തവിശ്രാന്തി അതുപോലെ അത് സംസാര നിവൃത്തിക്ക് ഉതകുന്നില്ല വാസ്തവത്തിൽ സുഷുപ്തിയിൽ ചിത്തവിശ്രാന്തി സംഭവിക്കുന്നുമില്ല സുഷുപ്തിയിൽ സംഭവിക്കുന്ന എന്താണോ ചിത്തലയമാണ് ചിത്തലയം എന്ന് പറയുന്നത് സ്വാഭാവികമായി സംഭവിക്കുന്നു ചിത്തവിശ്രാന്തി അങ്ങനെ അത് തത്വബോധം കൊണ്ട് സംഭവിക്കുന്നു രണ്ടും വ്യത്യാസം ചിത്തലയം സംഭവിക്കുന്നത് കൊണ്ടാണ് അടുത്ത് പറയും ലയേ സംബോധയെ ചിത്തം എന്നെല്ലാം പറയും അത് ലയമാണെന്ന് പറയും ചിത്തലയം സംഭവിക്കുന്നതുകൊണ്ട് അവിടെ സംസാര ഉപരതി സംഭവിക്കുന്നില്ല വീണ്ടും തിരിച്ചു വരും ചിത്തവിശ്രാന്തിയിൽ അങ്ങനെ തത്വചിന്തയിൽ ചിത്തവിശ്രാന്തി സംഭവിക്കുമ്പോൾ അവിടെ എന്താണ് ചിത്ത ലേ സംഭവിക്കുന്നത് അതാണ് പറയുന്നത് രണ്ടെന്നുമൊരു വ്യത്യാസം ചിത്തവിശ്രാന്തിയിൽ ചിത്തം ചലിക്കുന്നത് ദോഷമല്ല നമ്മൾ സാധാരണ നമ്മൾ ശ്രമിക്കുന്നത് ഈ ചിത്രത്തിന്റെ ചലനത്തെ നിർത്താൻ വേണ്ടിയിട്ടാണ് ചിത്തത്തിന്റെ ചലനത്തെ നിർത്തുക എന്ന് വെച്ചാൽ ചിത്തത്തെ ഉന്നയിപ്പിക്കുന്ന ഇവിടെ തന്നെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ചിത്ത വൃത്തികൾ ഇതിന് തടസ്സമാണ് ചിത്തവിശ്രാന്തിയിൽ ചിത്തവൃത്തികളുടെ ലയം വേണമെന്നിത് ചിത്തവൃത്തികൾ നിലനിന്നാലും ശരി ചിത്തവിശ്രാന്തി സംഭവിക്കും എന്തുകൊണ്ട് ഇതും ഉണർവാണ് ഇവിടെ പറയുന്ന പരമാർത്ഥ പാരമാർത്ഥികമായ നിലയെന്ന് പറയുന്ന ഉണർവാണ് അവിടെ ചിത്തം ലയിക്കുന്നോ ചിത്തം ചലിക്കുന്നോ എന്ന് അത് ഒരു വിഷയമല്ല അത് മുമ്പ് കാര്യയില് ചർച്ച ചെയ്തെന്താണ് ഭുഞ്ചാനോ അവൻ അനുഭവിക്കെ തന്നെ അവനീത് ബാധിക്കുന്നില്ല എന്നാണ് അതാണ് ജ്ഞാനത്തിന്റെ സവിശേഷത ജ്ഞാനത്തിന് ചിത്തം ചലിക്കുന്നോ അല്ലെങ്കിൽ ചിത്തം നിശ്ചലമാകുമോ എന്ന് വെച്ചാൽ ദയിക്കുന്നു എന്നുള്ളത് അവിടെ വിഷയങ്ങളാണ് ചിത്തം ചലിക്കാം ചിത്രം ചലിക്കാതിരിക്കാം എന്തായാലും ജ്ഞാനത്തിന്റെ നിലയ്ക്ക് മാറ്റമില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഇനി വരുന്ന ഭാഗങ്ങളിൽ അത് വ്യക്തമായും പറയും അതുകൊണ്ട് എന്താണ് അബോധമായ അവസ്ഥയിൽ പ്രപഞ്ചബോധത്തെ നഷ്ടപ്പെട്ട് അബോധമായ ഒരവസ്ഥയിൽ പോകണം അല്ലെങ്കിൽ ബലാത്കാരമായി ചിത്തത്തെ ലയിപ്പിക്കുന്ന സമാധിയിലേക്ക് പോകണം അങ്ങനെയൊന്നിവിടെ ആവശ്യപ്പെടുന്നു അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക് സുഷുപ്തിയിൽ ആനന്ദം കണ്ടെത്താം സമാധിയിൽ സ്വസ്ഥത കണ്ടെത്താം അതിനെയൊന്നും നിഷേധിക്കുന്നുമില്ല ഇവിടെ തന്നെ സമാധിയെക്കുറിച്ച് പറയുന്നു പക്ഷേ പരമാർത്ഥ ബോധത്തിൽ ഇത് എല്ലാം നിലനിൽക്കുന്നു നിലനിൽക്കുന്നില്ലേ എന്നുള്ള ചിന്തയ്ക്ക് പ്രസക്തിയുണ്ട് എന്തുകൊണ്ട് ഇവിടെ സൃഷ്ടാവിൽ നിന്നും വേറിട്ടൊരു സൃഷ്ടിയില്ല അങ്ങനെ ഒരു സൃഷ്ടി ഉണ്ടെങ്കിൽ മാത്രമേ ആ സൃഷ്ടി നിലനിൽക്കണമോ ആ സൃഷ്ടി ഒടുങ്ങണമോ എന്നെല്ലാം ചിന്തയ്ക്ക് പ്രസക്തിയുണ്ട് അതുകൊണ്ട് തത്വജ്ഞനൻ തത്വബോധമുള്ളവനും ഈ പ്രപഞ്ചമുണ്ടോ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നു അയാളുടെ ചിത്തവൃത്തികൾ സമാധിയിലാണോ അയാളുടെ ചിത്തവൃത്തികൾ ലയിച്ചിരിക്കുന്നു അയാളുടെ ചിത്തവൃത്തികൾ ചരിക്കുന്നോ ഇത്തരം പ്രശ്നങ്ങൾക്കൊന്നും യാതൊരു സാങ്കത്യവുമില്ല അതാണ് സ്വഭാവം എന്ന് പറയുന്നത് സ്വഭാവത്തിൽ എന്ത് സംഭവിക്കാം എന്ന് സംഭവിക്കാതെയും അഗ്നിയെ മാറി നിന്ന് കാണുന്നവന് അതിൽ ഉഷ്ണമുണ്ട് പ്രകാശമുണ്ട് എല്ലാം അഗ്നിയായിരിക്കുമ്പോഴോ അഗ്നിക്ക് അഗ്നിയിൽ നിന്നും വേറിട്ടൊന്നുമില്ല നമ്മൾ അഗ്നിയുടെ ഉഷ്ണത്തെ കാണും അഗ്നിയുടെ പ്രകാശത്തെ കാണും അഗ്നിയുടെ ജോലകളെ കാണും അഗ്നി കാണുന്നു സങ്കല്പിക്കുക അഗ്നിക്ക് താനല്ലാതെ തന്റേതായ മറ്റൊന്നും തന്റേതായ ഒരു ഉഷ്ണം തന്റേതായൊരു പ്രകാശം അങ്ങനെ നമ്മൾ സങ്കല്പിച്ച് നോക്കും ഒന്ന് വരാൻ വഴിയില്ല അതുപോലെ തന്നെ പറയുന്ന തുരിയൻ തുര്യൻ എന്നെന്താണ് തന്റേതായിട്ടൊന്ന് അത് സ്വയം പ്രകാശമായ ജ്ഞാനസ്വരൂപമായി തന്നെ സദാസ്ത്രീ മറ്റെല്ലാം എന്താണ് തന്റെ തന്നെ നിൽക്കുന്നു സ്വഭാവമായി നിൽക്കുന്നു അങ്ങനെ ഒരു തത്വത്തെയാണ് ഇവിടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് സ്വഭാവവാദത്തെ സ്വീകരിക്കുന്നത് അതുകൊണ്ട് ചിത്തവിശ്രാന്തിയിൽ എന്താണ് ചിത്തം ചലിക്കുന്നോ അത് നിശ്ചലമായിരിക്കുന്നോ എന്നുള്ളതൊന്നും ചിന്താവിഷയമേ അല്ല അത് ഈ സ്വഭാവവാദത്തെ സ്വീകരിക്കുന്നതുകൊണ്ടാണ് ആ ഭാഗം സ്പഷ്ടമാകുന്നത് അതുകൊണ്ടിവിടെ പറയുന്നു സ്വഭാവപക്ഷം ആശ്രയിച്ച സർവീഷം ആപ്തകാമസ്യ ദൂഷണം ആ സ്വഭാവപക്ഷത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ബാക്കി സൃഷ്ടിയെ സംബന്ധിച്ചുള്ള സർവ്വ കൽപ്പനകളെയും അതിന് നമുക്ക് ഉൾക്കൊള്ളിക്കാം അതിനോട് ചേരാത്തതിനെല്ലാം നിഷേധിക്കാം അതാണ് പരമാർത്ഥമായ തത്വചിന്ത അവിടെയാണ് പരമാർത്ഥമായ തിത്തവിശ്രാന്തി ലഭിക്കുന്നത് പ്രപഞ്ച ഇവിടെ പറയുണ്ടോ പ്രപഞ്ച ഉപശമം ശാന്തം ശിവം അദ്വൈതം എന്നെല്ലാം പറയുന്നത് സാർത്ഥകമാകുന്നത് ആ സ്വഭാവപക്ഷത്തിലാണ് ആ ബോധത്തിലാണ് അത് ഒന്നുകൂടി വിശദീകരിക്കുന്നു പ്രസിദ്ധമായ ഒരു ഉദാഹരണത്തിലൂടെ നീ രജ്വാധീന അവിദ്യാസ്വഭാവ വ്യതിരേഖണ സർപ്പാദ്യാഭാസത്തിന് കാരണം ശക്തി ഭക്തം രജ്വാധീന രജ്ജുവിൽ സർപ്പത്തെ അതിന് ഉദാഹരണമായിട്ടെടുക്കുന്നു കാരണം കുറച്ച് ലളിതമായി മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഉദാഹരണം അതാണ് ക്ഷണികമായ ഒരു അനുഭവമാണെങ്കിലും ആ അനുഭവത്തിന്റെ സത്യസ്ഥിതി നമുക്ക് എളുപ്പം ബോധ്യപ്പെടും അതുകൊണ്ടാണ് അതിനെടുക്കുന്നത് കാരണം ഒരു അനുഭവം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ അത് സത്യമാണോ അതോ മിഥ്യയാണോ എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുന്നതിന് പലപ്പോഴും കാലതാമസമില്ല വളരെ കാലം കൊണ്ട് നമുക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടില്ലെന്ന് ഇവിടെ സത്യവും മിഥ്യയും ക്ഷണം കൊണ്ട് തെളിയുന്നു അതാണ് രക്തസർപ്പത്തെടുക്കുന്നതിന് ഒരു കാരണം ഏത് നിമിഷമാണോ നോക്കാ ഭ്രാന്തി ഉണ്ടായത് അതിനടുത്ത നിമിഷം അല്ലാ നിമിഷമൊന്നു വേണമെങ്കിലും പറയാം അത്രയും വേഗത്തിൽ തന്നെ എന്തുവരുന്നു ആ വിഷയത്തെ സംബന്ധിച്ചുള്ള ബോധമുണ്ടാവും അപ്പോൾ ഈ ഇവിടെ ഭ്രാന്തി ഉണ്ടാകുന്നതിനെ അപേക്ഷിച്ച് വളരെ വേഗത്തിനും വളരെ അനായാസമായും ശരിയായ ബോധമുണ്ടാവും അതുകൊണ്ടാണ് ആ ദൃഷ്ടാന്തത്തെ അവിടെ എന്താണ് നമുക്ക് മനസ്സിലാകുന്നത് അവിദ്യാ സ്വഭാവം ബെതിരകളാണ് ആ രജുവിൽ സർപ്പഭ്രമത്തെ ഉണ്ടാക്കിയത് അത് അതിന്റെ സ്വഭാവമാണ് എന്നേ പറയാൻ പറ്റും വേറെ അതിന് യാതൊരു കാരണവും ശരിക്കും പറയാൻ വരുത്തിയില്ല ഇന്നതുകൊണ്ടത് സംഭവിച്ചു എന്ന് പറയാൻ വ്യക്തമായൊരു കാരണത്തിൽ പറയാൻ പറ്റത്തില്ല ആ സ്വഭാവത്തിനൂടെ ഒരു പേര് കൊടുത്തിരിക്കാണ് അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരൊറ്റ സമാധാനമേ ഉള്ളൂ നിങ്ങൾക്ക് എന്തുകൊണ്ടെങ്ങനെ ഒരു ഭ്രമം ഉണ്ടായി അതിനെ അറിഞ്ഞില്ല ആ സമയം ആ നിമിഷം രജുവിനെ അറിഞ്ഞില്ല അതേയുള്ളൂ മറ്റൊരു കാരണവും പറയാനില്ല അതാണ് അവിദ്യ എന്ന് പറയും അറിഞ്ഞില്ല എന്നുള്ള ഒറ്റ സമാധാനമേ അവിടെയുള്ളൂ അവിടെ അതിന്റെ സ്വഭാവമായിട്ട് അതിനെ തന്നെ എടുക്കാം മേരൊന്നും ആ രജ്ജുവിൽ ഉണ്ടായിരുന്ന അറിവില്ലായ്മ ചോദ്യം രജു അറിവില്ലായ്മ രണ്ടു ദിവസം അവിടെ ഉണ്ടായിരുന്ന ഇല്ല അവിടെ അത് മാത്രമേ ഉണ്ടായിരുന്നു മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അത് മാത്രമേ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പോ ആ രജ്ജു മാത്രം ഉണ്ടായിരുന്നപ്പോ നിങ്ങൾക്ക് സർപ്പാനുഭവം ഉണ്ടായെങ്കിൽ ആ സർപ്പാനുഭവം എന്താണ് ആ രജ്ജു തന്നെയും മറ്റൊന്നും ഉണ്ട് ആ സർപ്പാനുഭവം എന്ന് പറയുന്നത് രജ്ജു തന്നെയാണ് ആ രജ്ജുവിന്റെ അനുഭവം തന്നെയാണ് നമുക്ക് ഭ്രാന്തിയിൽ സർപ്പാനുഭവമായി ഉണ്ടായത് അതുപോലെ ഈ ദേവന്റെ അനുഭവം തന്നെയാണ് ഈ പ്രപഞ്ചാനുഭവമായി നിൽക്കുന്നത് ദേവൻ തന്നെയാണ് പ്രപഞ്ചമായി നിൽക്കുന്നത് ഇതാണ് അദ്വൈതത്തിന്റെ മുഖ്യമായ സിദ്ധാന്തം ഇതാണ് അതല്ലാതെ സർപ്പാദ്യാഭാസത്തിന് കരണം സഖ്യം ഭക്തം ഇതല്ലാതെ മറ്റൊരു കാരണം ഈ സർപ്പ അനുഭവത്തിന് പറയാൻ ആർക്ക് സാധ്യമുണ്ട് അപ്പൊ ഈ ഒരു കാരണം പറയാൻ സാധ്യമേ അല്ല എന്താണ് ഈ പ്രപഞ്ചാനുഭവത്തിന് നമുക്ക് പരമാവധി ഒരു കാരണം പറയാമെന്നുള്ളത് ഈ പ്രപഞ്ച എന്ന് പറയുന്ന എന്താണ് പ്രപഞ്ചമെന്ന് പറയുന്നത് ഒരനുഭവമാണ് എന്ന് പറയാം പ്രപഞ്ചം ആകെ നമ്മുടെ ശരീരം മനസ്സ് ഇന്ദ്രിയങ്ങള് ഭാഗ്യമായി കാണുന്ന ഈ സൂര്യചന്ദ്രാദികളെല്ലാം ഇതെല്ലാം ഒരു അനുഭവമാണ് അനുഭവം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എന്താണ് ഒരറിവിൽ പ്രകാശിക്കും ഇതെല്ലാം ഒരറിവിൽ വെളിപ്പെടുന്നു ഏതറിവിലാണോ ഇതെല്ലാം വെളിപ്പെടുന്നത് പരമാർത്ഥം ആ അറിവ് തന്നെ അതിന്റെ സ്വഭാവമാണ് അറിവിന്റെ സ്വയംപ്രകാശ രൂപത്തിലിരിക്കുന്ന അറിവിന്റെ സ്വഭാവമാണിത് അതിന്റെ സ്വരൂപം തന്നെയാണിത് അതിൽ നിന്ന് വേറിട്ട് ഒന്നും തന്നെ ഇല്ല അതിന് ഈ ദൃഷ്ടാന്തത്തിലൂടെ വ്യക്തമാക്കുന്നു അതാണ് ഇത് ഈ കാണുന്നതല്ല എന്താണ് ആ ദേവന്റെ സ്വഭാവമാണ് ആ ദേവന്റെ സ്വരൂപമാണ് സ്വയം രൂപത്തിലുള്ള തുര്യന്റെ വിഭൂതിയാണോ നേരത്തെ പറഞ്ഞല്ലോ ആ വിഭൂതിപക്ഷം സ്വീകരിക്കാം ആ വിഭൂതിയെ തുരിയു നിന്നും വേറിട്ട് കാണരുത് തുരിയൻ എന്നുള്ള ആ ബോധസ്ഫുരണത്തിന്റെ തന്നെ വിഭിന്ന ഭാവങ്ങളാണിത് അതല്ലാതെ ഇതിന് സ്വതന്ത്രമായ ഒരു നിലനിൽപ്പില്ല ഉണ്ടെന്ന് പറഞ്ഞാൽ രജീവിനെ സർപ്പത്തിനും സ്വന്തമായ നിലനിൽപ്പുണ്ടെന്ന് പറയേണ്ടി വരും അതാണ് പരമാർത്ഥമായ സത്യം ആ സത്യത്തെ ബോധിക്കുന്നതാണ് ആ സത്യത്തിന്റെ ബോധത്തിലാണ് ചിത്ത വിശ്രാന്തി ആ വിശ്രാന്തി വരണമെങ്കിൽ ഇതിനെ ആ സ്വഭാവപക്ഷത്തിൽ കൊണ്ട് നിർത്തണം ചിന്ത അവിടെ അവസാനിക്കും ചിന്ത അവിടെ അവസാനിച്ചിട്ട് പിന്നെ ചിന്തിക്കും ആ അവസാനത്ത് നിന്നുകൊണ്ട് ചിന്ത ചലിച്ചാലും ചിത്തം ചലിച്ചാലും ചിത്തം നിശ്ചിതമായാലും അവനെ അത് ബാധിക്കുന്നില്ല രണ്ടും തന്നെ അതുകൊണ്ട് അടുത്ത് പറയും എന്താണോ ചിത്തത്തെ ചിത്തം നിശ്ചലമായ ചിത്തത്തിന്റെ വിശ്രാന്തി വന്നുകഴിഞ്ഞാൽ പിന്നെ ചിത്തം ചലിക്കുകയോ നിശ്ചലമാകുകയോ എന്നുള്ളൊരു വ്യത്യാസമുണ്ട് അതുവരെ നമുക്ക് വേണമെങ്കിൽ ചിത്തവിശ്രാന്തിക്ക് വേണ്ടി ചിത്തത്തിന്റെ നിശ്ചലതയ്ക്ക് വേണ്ടി പല ഉപായങ്ങളെയും സ്വീകരിക്കും എപ്പോഴാണോ ആ ചിത്തവിശ്രാന്തി ഒരാൾക്ക് അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ ആ ചിത്തവിശ്രാന്തിയുടെ രഹസ്യം എന്താണെന്നൊരാൾക്ക് അനുഭൂതമാകുന്നത് പിന്നീട് ചിത്തം അയാൾക്കൊരു ചിന്താ വിഷയവുമല്ല പിന്നെ ചിത്തത്തെക്കുറിച്ച് അയാൾ ഖീദിക്കുന്നത് ആ ഒരു എത്തിക്കാൻ തത്വചിന്തയിൽ ആദ്യവും അവസാനമായി പ്രയോഗിക്കുന്നതാണ് ഈ സ്വഭാവപക്ഷം അതാണിവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് സൃഷ്ടിരിക്കന്നേ ചതു കർമ്മ ഇതുവരെയുള്ള ഭാഗങ്ങളെ സംബന്ധിച്ച് മുഖ്യമായും വിശ്വതൈസ പ്രാജ്ഞനും ജാഗ്രത സ്വപ്ന സുശക്തികൾ അതിനെക്കുറിച്ച് ഉള്ള ഒരു വിശകലനം അതിലൂടെ തുര്യൻ എന്താണ് തുരിയ ബോധം എന്താണ് തുരിയ സ്ഫുരണം അതാണ് ഇതുവരെ ചർച്ച ചെയ്ത് ഇനി ഇക്കാരികൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും മന്ത്രത്തിൽ അടുത്ത് വരുന്നത് ഇതാണ് ഇതുവരെ ഇതുമായിട്ട് താരതമ്യപ്പെടുത്തി അല്ലെങ്കിൽ ഇതിന്റെ വിശകലനത്തിലൂടെ ഇതിന്റെ ഇടയിലൂടെ തുരിയനെ തെളിച്ച് കൊണ്ടുവരികയാണ് ഇവിടെ ഇനി തുരിയന് പ്രാധാന്യം നൽകിയുള്ള ചിന്തയാണ് ഇനി അടുത്തു എന്താണ് ഇവിടെ തുര്യനെ കുറിച്ചുള്ള അതാണ് അടുത്ത് പറയുന്നത് ചതുർത്ഥപാദ ക്രമ വിശ്വ തേജസ്വപ്രാജ്ഞന്മാരെ അപേക്ഷിച്ച് ചതുർത്ഥപാദ അതാണ് ഇനി അടുത്ത് ചർച്ച ചെയ്യേണ്ടത് അത് പറയുന്നു നാന്ദപ്രജ്ഞിത്യാദന അതിന്റെ ആമുഖമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഭാഷയത്തിൽ ചർച്ച ചെയ്ത് സർവശ്ദപ്രവൃത്തി നിമിത്തശൂന്യത്വ ശബ്ദ അനഭിതേയത്വമിതി വിശേഷ പ്രതിഷേധേനൈവീയം നിർദ്ദിക്ഷതും കാരണം ഇവിടെ ഈ മന്ത്രങ്ങളിൽ നന്ദപ്രജ്ഞം ന ബഹിപ്രജ്ഞം ന ഉഭേദപ്രജ്ഞം ഇങ്ങനെ എല്ലായിടത്തും ന ന അല്ല അല്ല അല്ല എന്നുള്ള ശബ്ദം നിഷേധാത്മകമായ ശബ്ദം ഉപയോഗിക്കുന്നു ഈ നിഷേധാത്മകത നല്ലതല്ലെന്ന് പറയും ലൗകികമായ കാര്യങ്ങളിലെല്ലാം അവിടെ അതിന് വിപരീതമായി വരുന്ന ഭാവാത്മകത അതാണ് നമ്മൾ സ്വീകരിക്കുന്നത് ഏത് കാര്യത്തിനും ആ നിഷേധത്തിലുള്ള ചിന്ത നിഷേധ രൂപത്തിലുള്ള വാക്ക് നിഷേധരൂപത്തിൽ വരുന്ന പ്രവൃത്തി അതിന്റെ നിഷേധ രൂപത്തിലുള്ള ഫലം ഇതൊന്നും ശുഭമായി കരുതുന്ന കാര്യങ്ങളല്ല പക്ഷെ ഇവിടെ വിശേഷ അദ്വൈതത്ത് ആ നിഷേധ ചിന്തയ്ക്കാണ് പ്രാധാന്യം ഭാവചിന്തയേക്കാൾ അതുകൊണ്ടാണ് ആദ്യം ആ തുരിയെ തന്നെ നമുക്ക് പറഞ്ഞല്ലോ വിശ്വനെന്നും തൈജസ്സനെന്നും പ്രാജ്ഞനെന്നും എല്ലാം ആ തുര്യനത്തിനെ നിർദ്ദേശിച്ചു പക്ഷെ അങ്ങനെയെല്ലാം നിർദ്ദേശിച്ചാലും അവിടെ ഒരു അപൂർണത വരും അതിനെ പറയും വിശിഷ്ടനിർദ്ദേശങ്ങളെന്ന് പറയും പ്രാജ്ഞനെയും തൈജസ്സിനെയും വിശുവിനെയെല്ലാം തുര്യനോട് പൂട്ടിക്കെട്ടി നിർദ്ദേശിക്കുകയാണ് അതൊരു വിശിഷ്ടനിർദ്ദേശം എന്ന് ഭാഷകാരം പറയും അതുപോരാ അതൊരു സ്വാഭാധികമായ നിർദ്ദേശം എന്ന് പറയും അതിലൂടെ നമുക്ക് ബോധിക്കാം അടുത്ത് വ്യക്തമായും ഭാഷകാരൻ പറയും നിങ്ങൾ തുരീയൻ എന്ന് പറയുമ്പോൾ അവിടെ വിശ്വൻ തേജസ്സൻ പ്രാജ്ഞൻ ഇവരെല്ലാം പൂർണ്ണമായും ഉപേക്ഷിച്ച് നാലാമത്തെ ഒരു തട്ടിലിരിക്കുന്ന അത് പലതവണ പറഞ്ഞിട്ടുണ്ട് തുരീയൻ എന്ന് പറയുന്ന നാലാം നിലയിലിരിക്കുന്ന പശുവിന്റെ നാല് കാലുപോലെ മൂന്നിൽ നിന്നും വേർത്തി നീക്കുന്ന ഒന്ന് ഗ്രീക്കൻ വിശിഷ്ടബോധം ഉപഹിത ബോധം എന്നെല്ലാം നമ്മളെ സാങ്കേതിക ശബ്ദത്തിലൂടെ ഈ ഭാഷയത്തിലും ഈ ശാസ്ത്രത്തിലുമൊക്കെ പറയുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് അതായത് പ്രാജ്ഞൻ വിശ്വൻ തേജസ്സൻ എന്നുള്ള ശബ്ദങ്ങളിലൂടെ ബോധിക്കുമ്പോൾ എന്താണോ നിങ്ങൾ ബോധിച്ചത് ആ ബോധത്തെ പൂർണ്ണമായും നിഷേധിച്ചിട്ടല്ല തുരീനെ ബോധിക്കുന്നു അതാണ് അവിടെ പ്രധാനമായി പറയുന്നത് പ്രാജ്ഞ തൈജസ്വാദി ശബ്ദങ്ങളിൽ കൂടെ ബോധിക്കുമ്പോൾ അവിടെ ബോധ്യമായിരിക്കുന്നതിൽ ഒരു അംശത്ത് മാത്രമേ നിഷേധിക്കുന്നുള്ളൂ അത് ആ രീതിയിൽ നമ്മളെ പഠിപ്പിക്കുന്നതിനുള്ള ഒരു അഭ്യാസമാണ് ഈ അദ്വൈതശാസ്ത്രത്തിൽ ജഹദലഹൽ ലക്ഷണം എന്നെ നാം പറഞ്ഞ് രക്ഷണാവൃത്തിയിലൂടെ ബോധിപ്പിക്കുന്നു എന്നൊക്കെ പറയും വെച്ചാൽ ഒരിക്കലും ബോധത്തിന് സ്വയം തന്നെ പിരിഞ്ഞിരിക്കാനൊക്കത്തില്ല വിശ്വനൊന്നും തേജസ്സനൊന്നും പ്രാജ്ഞനും ഒന്നും എല്ലാം ബോധിക്കുന്ന ഈ ബോധത്തിന് അതിനെ വിടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് സ്വയം പ്രകാശം എന്ന് പറയുന്നത് അപ്പൊ ഈ വിശ്വ തേജസ്വ പ്രാജ്ഞ ബോധങ്ങളെയും കൂടി ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു പരവുമായ ബോധം അതിനെ തന്നെയാണ് വിശ്വതൈത്വപ്രാജന്മാരെ നിഷേധിച്ചിട്ടും ബോധിപ്പിക്കുന്നത് അപ്പൊ ഇത് രണ്ടും ആത്യന്തികമായ ഒരു സമന്വയമാണ് നിഷേധത്തിലൂടെ സാധിക്കുന്നത് അതാണ് സാധാരണ നിഷേധങ്ങൾ വളരുതാത്തതാണെങ്കിലും ഇവിടുത്തെ നിഷേധമെന്ന് പറയുന്നത് പൂർണ്ണമാക്കുന്നതാണ് ഇവിടെ ഏതെങ്കിലും ഒരു അനുഭവത്തെ ആത്യന്തികമായി നിഷേധിക്കാൻ മറിച്ച് എല്ലാ അനുഭവങ്ങളുടെയും പൂർണതയാണ് ഇവിടെ സാധിക്കുന്നത് അതാണ് അദ്വൈതത്തിന്റെ രീതി അതുകൊണ്ടല്ലേ പറഞ്ഞത് ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് ദേവന്റെ സ്വഭാവമാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു തരത്തിൽ ഇതിനെ നിഷേധിക്കുന്നതായി നമുക്ക് തോന്നുന്നെങ്കിലും മറ്റൊരു തരത്തിൽ ഇതിന്റെ പൂർത്തീകരണമാണ് അവിടെ സംഭവിച്ചത് പൂർണതയാണ് അതാണ് ശാന്തം ശിവം അദ്വൈതം അത് പൂർണ്ണമാണ് നിഷേധത്തിലൂടെ പോയിട്ട് സർവനിഷേധത്തിനും അതീതമായി അല്ലെങ്കിൽ ഒരു നിഷേധത്തിന് സാധ്യമല്ലാത്തതായ ഒരു പൂർണ്ണതയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് അപ്പൊ നിഷേധിക്കുന്നത് നിഷേധിക്കാൻ വേണ്ടിയിട്ടുണ്ട് ലൗകികമായൊരു നിഷേധമല്ല അത് മനസ്സിൽ വേണം ഇവിടെ സർവശബ്ദ അനഭിധേയം ഒരു ശബ്ദത്തിനും വെളിപ്പെടുത്താൻ കഴിയാത്തതാണ് എന്ന് പറയുന്നു എന്നൊരു ഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണോ സർവശബ്ദങ്ങളിലൂടെയും വെളിപ്പെടുത്തുന്നതും ഇതിനെ തന്നെ അതും മനസ്സിലാകും ഇത് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്നാലും വീണ്ടും പറയേണ്ടി വരുന്നത് സർവശബ്ദ പ്രവൃത്തി നിമിത്ത ശൂന്യത്വ സർവശബ്ദങ്ങളുടെയും പ്രവൃത്തി നിമിത്ത ശൂന്യമാണ് ശബ്ദപ്രവൃത്തിക്കുള്ള നിമിത്തങ്ങളെ കുറിച്ച് ഇനി വരുന്ന ഭാഗത്തിൽ ചേർത്ത് എന്താണ് പ്രധാനമായിട്ട് ഭാഷകാരൻ പല ഭാഗങ്ങളിലും പറയും അത് അദ്വൈതത്തിന്റെ സ്വന്തമൊന്നുമല്ല മറ്റ് ശാസ്ത്രകാരന്മാരും സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ സംബന്ധം രൂഢി ജാതി ഗുണം ക്രിയ പ്രധാനമായിട്ട് ഈ അനുസരണം ശബ്ദപ്രവൃത്തിയുടെ എന്ന് പറഞ്ഞാൽ എന്താണ് ഏതെങ്കിലും ഒരു ശബ്ദത്തിലൂടെ ഒരു അർത്ഥത്തെ നമ്മൾ ബോധിക്കുമ്പോൾ അവിടെ ഈ നിയമങ്ങൾ ഘടിക്കുന്നു യോജിക്കുന്നു ഈ നിയമങ്ങളെ ആശ്രയിച്ചായിരിക്കും അവിടെ നമുക്ക് ശബ്ദ അർത്ഥബോധമുണ്ടാകുന്നു ശബ്ദത്തിൽ നിന്നുള്ള അർത്ഥബോധമുണ്ടാകുന്നു ശബ്ദാർത്ഥ സങ്കേതങ്ങളെന്ന് പറയും ശബ്ദത്തിനും അർത്ഥത്തിനും തമ്മിലൊരു ബന്ധമുണ്ട് ീശ്വര സൃഷ്ടമായതാണെന്നാണ് പറയുന്നത് മനുഷ്യ സൃഷ്ടമല്ലെന്നാണ് കാരണം ഈ ശബ്ദങ്ങളെയെല്ലാം ഗ്രഹിച്ച് അർത്ഥങ്ങളോട് ബന്ധിപ്പിക്കുന്നതിനുള്ള വൈഭവമൊന്നും മനുഷ്യബുദ്ധിക്കില്ല ഏത് മനുഷ്യനത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ വരും അതുകൊണ്ട് ശബ്ദങ്ങളും അർത്ഥങ്ങളുമായി ഉള്ള ബന്ധം അനാദിശബ്ദവുമാണ് ഗൌ എന്നുള്ള ശബ്ദം പ്രയോഗിച്ചു കഴിഞ്ഞാൽ माईता, शब्द, ना, ना नुर। ോ എന്നുള്ള ശബ്ദത്തിന് ഗോവന്ന് പറയുന്ന ആ പിഡവുമായിട്ട് ആ വസ്തുവുമായിട്ട് ഒരു ബന്ധമുണ്ട് അതനാദി ശുദ്ധമാണ് ആ ശബ്ദം അതിനാണ് ശബ്ദശക്തി എന്ന് പറയുന്നത് ആ ശബ്ദാർത്ഥ ബന്ധങ്ങൾ പലതരത്തിലുണ്ട് ശക്തി ലക്ഷണ വ്യഞ്ജന ഇങ്ങനെ പലതരത്തിൽ പറയും അതെല്ലാം സാഹിത്യത്തിന് മറ്റും വരുന്ന കാര്യങ്ങളാണ് ഇവിടെ അതിന്റെ പ്രസക്തമായ കാര്യം മാത്രം എടുത്തുള്ളൂ മുഖ്യമായും ശബ്ദാർത്ഥ സംബന്ധം എന്ന് പറയുന്നത് ശക്തിയാണ് ശക്തി എന്ന് പറഞ്ഞാൽ അതൊരു അതിനൊരു പേരായിട്ട് മാത്രം എടുത്താൽ ശബ്ദവും അർത്ഥമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ അതിനോട് ശക്തി എന്ന് വിളിക്കും ആ ബന്ധമുണ്ടെന്ന് അംഗീകരിച്ചേ പറ്റും ഗോവെന്ന് പറയുമ്പോൾ നമുക്ക് പുസ്തകമെന്നുള്ള ബോധമുണ്ടാകുന്നു പുസ്തകമെന്ന് പറയുമ്പോൾ ഗോവിനെ കുറിച്ച് ബോധമുണ്ടാകുന്നു എന്തുകൊണ്ട് ഈ ശബ്ദങ്ങൾക്കെല്ലാം അർത്ഥത്തോടുള്ള ആ ബന്ധം നിശ്ചിതമാണ് ഗവെന്ന് പറയുന്ന ശബ്ദത്തിന് ആ വസ്തുവിലേ ഉള്ളത് പുസ്തകമെന്ന് പറയുന്ന ശബ്ദത്തിന് ആ വസ്തുവിലേ ഉള്ളൂ മറിച്ച് ഈ ശബ്ദത്തിൽ നിന്നും വേറൊരു ബോധം ഉണ്ടാവണമെങ്കിൽ അവിടെ ശക്തി ഭ്രമം സംഭവിച്ചിരിക്കുന്നു നമുക്കൊരു ഭ്രമം സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ബോ ഒന്ന് കേൾക്കുമ്പോൾ ഒരാൾക്ക് ബോധം ഉണ്ടാകും അല്ല ഒരാളുടെ ബുദ്ധി നേരെയാണെങ്കിൽ ആ ശബ്ദവും അർത്ഥവും തമ്മിലുള്ള ആ ബന്ധം ശരിയായി ഗ്രഹിച്ചാൽ ശരിയായ അർത്ഥബോധമുണ്ടാകും ആ ശബ്ദാർത്ഥ സംബന്ധത്തെ ശരിയായി ഗ്രഹിക്കുന്നവനാണ് അർത്ഥബോധം ഉണ്ടാകുന്നത് ഇവിടെ പറയുന്ന തുലിയ ശബ്ദം ബ്രഹ്മശബ്ദം ആത്മശബ്ദം ഈശ്വരശബ്ദം തുടങ്ങിയ ശബ്ദങ്ങൾ പരമാർത്ഥശ്ദം സത്യം ജ്ഞാനം അനന്തം വിജ്ഞാനം തുടങ്ങിയ ശബ്ദങ്ങളെല്ലാം പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്ന ഈ ശബ്ദങ്ങൾക്കൊന്നും തന്നെ അതിന്റെ അർത്ഥവുമായി ബന്ധമില്ല അവിടെ ശക്തിയില്ല അതുകൊണ്ട് എന്താണ് അവിടെ നിമിത്തങ്ങളൊന്നുമില്ല അർത്ഥത്തെ ബോധിപ്പിക്കുന്ന നിമിത്തങ്ങളൊന്നുമില്ല നിമിത്തമില്ലാത്ത കൊണ്ടെന്ത് വരുന്നു ഈ ശബ്ദങ്ങളൊന്നും പരമാർത്ഥ വസ്തുവിനെ ബോധിപ്പിക്കുന്നില്ല എന്നാണ് അതാണ് ഇവിടെ പറയുന്നത് സർവശബ്ദപ്രവൃത്തി നിമിത്തശൂന്യത്വ ശബ്ദപ്രവൃത്തിയുടെ നിമിത്തങ്ങളൊന്നും അവിടെ ഇല്ല അതുകൊണ്ട് തസ്യ ആ തുയനെ ശബ്ദ അനഭിധേയത്വം ശബ്ദവാച്യമല്ല ശബ്ദപ്രകാശ്യമല്ല ശബ്ദം കൊണ്ട് പ്രകാശിപ്പിക്കാത്ത കഥ എന്നറിയും സ്വയംപ്രകാശമായിരിക്കുന്ന തുരിയെ ശബ്ദത്തിനങ്ങനെ പ്രകാശിപ്പിക്കാൻ പറ്റും ശബ്ദപ്രകാശത്തിനത് വിധേയനായി കഴിഞ്ഞാൽ അതിനെങ്ങനെ സ്വയം പ്രകാശനം എന്ന് വിളിക്കാൻ പറ്റും തുരിയ ശബ്ദവും അങ്ങനെ പ്രകാശിപ്പിക്കുന്നില്ല അതുകൊണ്ട് പിന്നെന്താണൊരു ഉപായം അങ്ങനെ ബോധിപ്പിക്കണമെങ്കിൽ ശബ്ദത്തിന് സാക്ഷാതായി നേരിട്ട് ശക്തിയിലൂടെ അങ്ങനെ ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിശേഷ പ്രതിഷേധ പിന്നെ ഒരു വഴിയേ ഉള്ളുണ്ടാണോ നിഷേധത്തിലൂടെ ബോധിപ്പിക്കുക വിധി മുഖേന മുഖേന രണ്ടു തരത്തിൽ ഇവിടെ ഈ ഉപനിഷത്ത് പരമാർത്ഥ വസ്തുവിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയും വിധി മുഖേന ബോധിപ്പിക്കുന്നതാണ് സത്യം ജ്ഞാനം അനന്തം എന്ന് ഭാവാത്മകമായി ബോധിപ്പിക്കുന്നു നിഷേധം മുഖേനം ബോധിപ്പിക്കുന്നതാണ് നേതി നേരി ആ മാർഗമാണ് അവസാനത്തെ മാർഗം ആദ്യം വിധി മുഖേനം ബോധിപ്പിക്കുന്നു സച്ചിദാനന്ദം എന്ന് ബോധിപ്പിക്കുന്നു അവിടെയും നമ്മൾ ഏറെത്തുറ ബോധിക്കുന്നുണ്ട് പക്ഷെ അത് നിരുപാധികമായ പരമാർത്ഥ തത്വത്തെ സ്വാഭാവികമായ പരമാർത്ഥ തത്വത്തെയാണ് അതിനാണ് മുമ്പ് ഭാഷത്തിൽ പറഞ്ഞു സബീജമായ അവസ്ഥയെ ബോധിപ്പിക്കുന്നു സദൈവ സൗമ്യം ഇതമഗ്രഹാസിന്നെല്ലാം പറയുന്നത് അവ്യാകൃതനായ സവീജനായ ആത്മാവിനെ ബോധിപ്പിക്കുന്നു നിർഗുണനിരാകാരമായ തത്വത്തെ ബോധിപ്പിക്കാൻ കഴിയുന്നില്ല അതിനെങ്ങനെ ബോധിപ്പിക്കുന്നു നിഷേധ വിശേഷ പ്രതിഷേധം എന്തെല്ലാം വിശേഷങ്ങൾ നമുക്ക് അതിൽ സങ്കല്പിക്കാമോ അതിനെല്ലാം നിഷേധിച്ചിട്ട് തുരീയം നിർദ്ധരിച്ചതി നിഷേധ മുഖേനയുള്ള ബോധനം അതാണ് അവസാനത്തെ വഴി അതാണ് ആദ്യം ഇതിനെ വിശ്വതൈസ്വപ്രാജ്ഞന്മാരെന്തെല്ലാം നമ്മളെ ബോധിപ്പിച്ചിട്ട് അവസാനം പറയുന്നു നാന്തപ്രജ്ഞം ന ബഹിപ്രജ്ഞം ന ഉഭേദപ്രജ്ഞം നപ്രജ്ഞം ഇങ്ങനെ നിഷേധത്തിലൂടെ ബോധിപ്പിക്കുന്നു നിഷേധിച്ചാൽ ശേഷിക്കുന്നത് എന്നാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെല്ലാം നമ്മുടെ ബുദ്ധിക്ക് ബോധ്യപ്പെടുന്നു ആ ബോധ്യപ്പെടുന്നതിനെല്ലാം നിഷേധിച്ചാൽ ബോധ വിശേഷിക്കും ആരാണോ ഇതിനെയെല്ലാം ബോധ്യപ്പെടുന്നത് ബോധ്യപ്പെടുന്നത് ഞാനല്ല ബോധ്യപ്പെടുന്ന ആ ബോധം അതിശേഷം അതിന് ആണിവിടെ തുര്യൻ എന്നുള്ള ശബ്ദം കൊണ്ട് നിർദ്ദേശിക്കുന്നത് എന്നാണ് ശൂന്യമേവത്തറിഹി പറയുന്നു സാധാരണ നിഷേധിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ലാന്നുള്ള അവസ്ഥ വരും ഭൗതികമായത് ശരിയാണ് ഭൗതികമായി േശപ്പുറത്ത് പുസ്തകമില്ല വാച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഓരോന്നായിട്ടും നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ശൂന്യം വരും നമ്മൾ പറയും മേശ ശൂന്യമാണോ ഇവിടെ നമ്മളെന്താണ് ഭൗതികമായൊരു തരത്തിൽ ഭൗതികമായ വസ്തുക്കളെ നിഷേധിക്കുമ്പോൾ അവിടെ ശൂന്യത വരും ആ ഒരു ചിന്ത വെച്ചുകൊണ്ട് നമ്മളിവിടെ ചിന്തിക്കുന്നെന്താണ് സർവത്തെയും നിഷേധിച്ചാൽ ശൂന്യതപരത്തിൽ വരത്തില്ല എന്തുകൊണ്ട് ഇവിടെ നിഷേധിക്കുന്നത് ഭൗതികമായ തലത്തിലല്ല ഇവിടെ എന്തിനാണ് നിഷേധിക്കുന്നത് സർവത്തെയും തന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ പ്രത്യേകാത്മാവിൽ തന്റെ വാസ്തവ സ്വരൂപത്തിൽ പരമാർത്ഥ തത്വത്തിൽ അപരമാർത്ഥമായ അവാസ്തവമായ സർവത്തെയും നിഷേധിക്കുകയാണ് അങ്ങനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവിടെ ശൂന്യത അതാണ് ഇവിടെ ചോദിക്കുന്നത് ശൂന്യമേവതർഹി ഇങ്ങനെ നിഷേധിച്ചു നിഷേധിച്ചു പോയാൽ ശൂന്യതയിലെത്തും ഇല്ല തന്ന അത് സംഭവിക്കത്തില്ല എന്തുകൊണ്ട് മിഥ്യാ വികല്പനിമിത്തനുപത്തി കാരണം എന്തിനാ നിഷേധിക്കുന്നത് വികൽപങ്ങളെ ആദ്യ വികല്പങ്ങളെ നിന്റെ തന്നെ വികല്പങ്ങൾ നീ തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന വികല്പങ്ങളെ നീ തന്നെ പേരിട്ട് വിളിച്ചിരിക്കുന്ന എന്താണ് പ്രാജ്ഞൻ തേജസ്വൻ വിശ്വൻ ജാഗ്രത സ്വപ്നം സുഷുതി ഇതെല്ലാം നിന്റെ തന്നെ വികല്പങ്ങളാണ് നിന്റെ തന്നെ കൽപ്പനകളാണ് നിന്റെ തന്നെ കൽപ്പനകളെയാണ് നിഷേധിക്കുന്നത് ആ കൽപ്പനകൾ എവിടെയാണ് ഈ കൽപ്പനകൾ നിൽക്കുന്നത് നിന്നിൽ തന്നെ നിന്നിൽ നിൽക്കുന്ന നിന്റെ കൽപ്പനകളെ നിഷേധിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നിന്റെ നിഷേധമാകുന്നില്ല താൻ തന്നിലുള്ള കൽപ്പനകളെ നിഷേധിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ തന്റെ നിഷേധമാകും നിഷേധിക്കുന്നവനവിടെ അവശേഷിക്കും അതുകൊണ്ടിവിടെ എങ്ങനെ ശൂന്യത വരും ശൂന്യത വരാം ഭൗതികമായ ഒരു തലത്തിൽ ഭൗതികമായ മറ്റൊന്നിനെ നിഷേധിച്ചാൽ ശേഷിക്കുന്ന അതിനെ നമുക്ക് ശൂന്യം ഒന്ന് വിളിക്കാം ശൂന്യവും ഭൗതികമാണ് പക്ഷെ ഇവിടെ അതല്ല ഇവിടെ സത്തിൽ ഉണ്മയിൽ തന്റെ പാരമാർത്ഥികമായ നിലയിൽ തന്റെ ബോധത്തിൽ എന്നെങ്കിലും മനസ്സിലാക്കണം അവിടെ മറ്റ് സർവത്തെയും നിഷേധിക്കുകയാണ് നിഷേധിക്കുന്നതിന് എന്താണ് അവിടെ ഒരു നിമിത്തമുള്ളത് ഒന്നിനെ ആശ്രയിച്ചിട്ടാണ് നിഷേധിക്കുന്നത് നിരാശ്രയമായി നിഷേധിക്കാൻ പറ്റത്തില്ല ഞാൻ സർവത്തെയും നിഷേധിക്കണമെങ്കിൽ എനിക്ക് എന്നെ ആശ്രയിക്കണം നിഷേധിക്കുന്നവനായ ഞാൻ എന്നെ ആശ്രയിച്ചുകൊണ്ടാണോ ബാക്കി സർവത്തെയും നിഷേധിക്കും അതിനൊരു നിമിത്തം ഉണ്ട് നിഷേധിക്കുന്നവനായി നിനക്കുള്ള നിമിത്തം അതുകൊണ്ട് തന്നെ എന്താണ് നിഷേധം ഇവിടുത്തെ നിഷേധം ശൂന്യതയിലെത്തല്ല അത് സാധ്യമല്ല അതിന് അടുത്ത ഉദാഹരണം പറയുന്നു മിഥ്യാ വികല്പ ഒന്നരനിമിത്തത്വനുപത്തെ നഹി രജത സർപ്പ പുരുഷ മൃഗതൃഷ്ണികാദി വികല്പ ഇതെല്ലാം വികല്പങ്ങളാണ് രജതം ശുഷ്തികയിലെ രജതാനുഭവം സർപ്പം രജുവിലെ സർപ്പാനുഭവം പുരുഷൻ താണുവിലെ പുരുഷാനുഭവം മൃഗതൃഷ്ണിക ഊഷ്ല ഭൂമിയിൽ മൃഗതൃഷ്ണിക മരുമരീച്ചുക ഇതെല്ലാം വികല്പങ്ങൾ തന്നെയാണ് വികല്പങ്ങൾ ഇതിനെവിടെ നിഷേധിക്കുന്നു അതിന്റെ ഭൗതികമായ ആധാരത്തിൽ നിഷേധിക്കുന്നു ഭൗതികമായ ആധാരമുള്ള വികല്പങ്ങൾ നിഷേധിക്കുമ്പം ഭൗതികമായ ആധാരം അവിടെ ശേഷിക്കുന്നുണ്ട് നിഷേധിച്ചാൽ അവിടെ ശൂന്യം എന്ന് നമുക്ക് പറയാം പക്ഷേ ആ ശൂന്യത നിലനിൽക്കുന്ന ഒരാധാരം അവിടെയും ശേഷിക്കുന്നു അവിടെയും പൂർണ്ണമായ ശൂന്യതയെ കിട്ടുന്നു നിഷേധിച്ച ആ വസ്തുക്കളുടെ ശൂന്യതയുണ്ട് മറിച്ച് ആധാരം അവിടെ നിലനിൽക്കുന്നു എന്താണ് അതിന്റെ ശക്തിക രജ്ജു സ്ഥാണു ഊഷരാദി ബതിരേഖണ അവസ്തു ആസ്പദാഹ ശക്തിയാഹ് ഇതല്ലാതെ അവസ്തു ആസ്പദമായി അവസ്തു വെച്ചാൽ ശൂന്യം ശൂന്യത്തെ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു നിഷേധമാണ് ഇതെന്ന് ആർക്ക് കൽപ്പിക്കാൻ കഴിയും അത് സാധ്യമല്ല മറിച്ച് ഇവിടെ എല്ലാം ഓരോ വസ്തുണ്ട് അപ്പോൾ ഞാൻ എല്ലാത്തിനെയും നിഷേധിച്ചിട്ട് പറയുന്നത് മേശശൂന്യമാണ് ശരി മേശയിൽ ഞാൻ ശൂന്യത ആരോപിച്ചപ്പോൾ അവിടെ മേശ ശേഷിച്ചു മേശയിൽ ഞാൻ ശൂന്യതയെ ആരോപിച്ചു പക്ഷെ പൂർണ്ണ ശൂന്യതയെ എനിക്ക് ഇവിടെ അറിയാൻ കഴിയുന്നില്ല ഇതുതന്നെയാണ് ഇവിടെ പറയുന്ന ബ്രഹ്മസ്ഥലത്തല്ല സംഭവിക്കുന്നു അവിടെ നിന്ന് അതിന്റെ ആധാരം നിലനിൽക്കുന്നു ഏവം തർഹി പ്രാണാതി സർവവികൽപാസ്പദത്വ തുരീയസ്യ ശബ്ദവാച്യത്വം ഇതി ന പ്രതിഷേധേഹി പ്രത്യത്വം ഉദകാധാര ആദേരിവ ഘടാദേഹി ഇങ്ങനെ സർവത്തെയും നിഷേധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നതാണെന്ന് പറഞ്ഞു തുരിയൻ എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവിടെ പറയുന്നു അതേസമയം രണ്ടു കാര്യം പറഞ്ഞു ഒന്ന് സർവത്തെയും നിഷേധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നതാണ് തുര്യൻ അതേസമയം തുര്യനെ ഒരു ശബ്ദം കൊണ്ടും ബോധിപ്പിക്കാനും സാധ്യമല്ല ഈ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് അതിൽ വരാമെന്നുള്ള ഒരു യുക്തിഭംഗത്തെക്കുറിച്ച് പറയുകയാണ് പ്രാണാദി സർവവികൽപാസ്പദത്വ തുരീയസ്യ പറഞ്ഞല്ലോ വിശ്വതേസ്സപ്രാജ്ഞന്മാരെല്ലാം ഈ തുര്യനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് ഈ തുര്യൻ ആണ് ഇതിനെല്ലാം ആധാരമായിരിക്കുന്നത് ഈ തുര്യനൽ ആരോപിച്ചിരിക്കുന്നതാണ് വിശ്വതൈസ്സ പ്രാണന്മാരെല്ലാം അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ് ഇതിന്റെ എല്ലാ ആസ്പദമായിരിക്കുന്നത് തുര്യനാണെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ വിശ്വൻ തയ്യസൻ പ്രാജ്ഞൻ എന്നുള്ള ശബ്ദങ്ങളെ കൊണ്ട് നമ്മൾ ഇപ്പോൾ അവരെല്ലാം മനസ്സിലാക്കി ശബ്ദത്തിലൂടെയാണ് മനസ്സിലാക്കി വിശ്വൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉണർന്നിരിക്കുന്നവനാണ് തയ്യസൻ സ്വപ്നം കാണുന്നവനാണ് പ്രാജ്ഞൻ ഉറങ്ങുന്നവനാണ് അവിടെ ശബ്ദാർത്ഥബോധം നമുക്കുണ്ടായി ഉണ്ടായത് കൊണ്ടാണ് അതിനെ നമ്മൾ ധരിച്ചു എന്ന് കരുതിയിരിക്കുന്നത് അത്രയും ധരിക്കാമെങ്കിൽ അതിന്റെ ആശ്രയമായിരിക്കുന്ന അതിനെ തുര്യൻ എന്നുള്ള പേരുകൊണ്ട് എന്തുകൊണ്ട് ബോധിച്ചുകൂടാ കാരണം അതുകൂടെ ചേർന്ന തുര്യൻ കൂടി ചേർന്നാലേ വിശ്വനും തയസ്സനും പ്രാചീന എല്ലാം നിലനിൽക്കുന്നു വിശ്വാദികളുടെ ആധാരമായിരിക്കുന്നതാണ് തുര്യൻ ഇത്രയും നമുക്ക് ബോധിക്കാമെങ്കിൽ എന്തുകൊണ്ട് തുര്യൻ എന്നുള്ള ആ ശബ്ദം കൊണ്ട് പരമാർത്ഥ വസ്തുവിനെ ബോധിച്ചുകൂടാ അങ്ങനെ ബോധിക്കാമെങ്കിൽ പ്രത്യകത്വം പ്രത്യയത്വം നിഷേധത്തിലൂടെ അതിനെ ബോധിക്കാവൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ആധാരമായിരിക്കുന്ന ഒരു വസ്തുവിനെ ആധേയത്തെ ബോധിക്കുന്നതിലൂടെ തന്നെ ബോധിക്കാം ഉദാഹരണം പറയുന്നു എന്താണ് കുടത്തിൽ വെള്ളം ഇരിക്കുന്നു കലത്തിൽ വെള്ളം ഇരിക്കുന്നു ഒരു ആധാരമായിരിക്കുന്ന കലം വെള്ളമെന്ന് പറയുന്ന ആധേയം അവിടെ എന്താണ് നമുക്ക് വെള്ളമെന്നുള്ള ശബ്ദം കൊണ്ട് ആ വെള്ളത്തെ ബോധിക്കാം കലമെന്നുള്ള ശബ്ദം കൊണ്ട് കലത്തെയും ബോധിക്കാം എന്തുകൊണ്ടാണ് വെള്ളത്തെ താങ്ങിയിരിക്കുന്ന വസ്തുവാണ് കല ആ രണ്ടു കാര്യങ്ങൾ ആധാരവും ആധേയവും ശബ്ദത്തിലൂടെ ബോധിക്കാം എന്നുള്ളതാണ് അതുപോലെ തുര്യൻ ആധാരനാണ് അതിൽ ആധേയമായിരിക്കുന്ന വിശ്വതൈജസ്വാദികൾ വിശ്വതൈജസ്വാദി ശബ്ദങ്ങളെക്കൊണ്ട് അതിനെ ബോധിക്കാമെങ്കിൽ അതിന്റെ ആധാരമായിരിക്കുന്ന തുര്യനെയും അതുപോലെ തന്നെ ബോധിക്കാം നിഷേധത്തിന്റെ ആവശ്യമില്ല എന്നാണ് എന്നിവിടെ ഇങ്ങനെ ചിന്തിക്കുന്ന എന്തിന് കാരണം ആ തത്വത്തിന്റെ വ്യക്തതയ്ക്ക് വേണ്ടി ഭ്രമുണ്ടാകാതിരിക്കാൻ വേണ്ടി എങ്ങനെ ഭ്രമം ഉണ്ടാകും നമുക്ക് ഭ്രമം ഉണ്ടാകാറുണ്ട് തുര്യൻ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ ഒരാള് ധരിക്കുകയാണ് തുര്യൻ ഇന്നതാണ് അങ്ങനെയും ധരിച്ചു പോകാം ചിലപ്പോൾ ഒരാൾ പറയും ഞാൻ തുര്യനാണ് കാരണം ഒരു ശബ്ദം എവിടെയെങ്കിലും കൊണ്ട് തന്നെ എത്തിക്കും ഏതെങ്കിലും ഒരർത്ഥത്തിൽ തന്റെ ബോധത്തെ കൊണ്ട് ബന്ധിക്കും അങ്ങനെ ബന്ധിക്കരുത് എന്തിനെയെങ്കിലും ദുരിതമെന്ന് ധരിച്ചാൽ പോലെ അതെന്താണെന്ന് വ്യക്തത ഉണ്ടാകണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് ഇല്ലെങ്കിൽ ആധ്യാത്മികമായ വിഷയങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈശ്വരൻ ആത്മാവ് ഇത്തരം തത്വങ്ങളെക്കുറിച്ച് ബോധമില്ലാത്ത ആരുമില്ല പക്ഷേ ഓരോരുത്തരുടെ ബോധവും മിഥ്യാബോധങ്ങളാണെന്നേ ഉള്ളൂ വിശേഷം ബോധമില്ലാത്ത ആരുമില്ല ഏത് പാമരനും ബോധങ്ങളാണ് ബോധം അവന്റെ ഉള്ളിൽ സ്ഫുരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവന് ആ ബോധത്തെ നിഷേധിക്കാൻ പറ്റത്തില്ല അപ്പോൾ ബോധത്തെ സംബന്ധിച്ചുള്ള മിഥ്യാധാരണകളിലാണ് സാധാരണ മനുഷ്യൻ തീർച്ചയായും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് കുറച്ചുകൂടി വ്യക്തമായ ബോധം കാണും പക്ഷെ അത് പരമാർത്ഥബോധമല്ല ആ പരമാർത്ഥബോധത്തിൽ വരുന്ന മിഥ്യാഭ്രമങ്ങളാണ് നമ്മൾ സത്യബോധമായി പലപ്പോഴും ധരിക്കുന്നത് അത് വരാതിരിക്കാൻ വേണ്ടി അതിനെ എത്രമാത്രം നിഷേധിക്കണം നിഷേധത്തിലൂടെ എങ്ങനെ സത്യത്തെ ബോധിപ്പിക്കാമോ അതിനുവേണ്ടി പല വീക്ഷണ കോണങ്ങളിൽ നിന്നുകൊണ്ട് അതിനെ നിഷേധിക്കുക നിഷേധിച്ചിട്ട് അതിനെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് പറയുന്നത് ഈ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് എന്താണ് നീ ഇപ്പോൾ ധരിച്ചിരിക്കുന്നതല്ല നീ ഇതുവരെ ധരിച്ചതല്ല എന്തുകൊണ്ട് നീ ഇതുവരെ ധരിച്ചതും ഇപ്പോൾ ധരിക്കുന്നതും നീ ശബ്ദത്തിലൂടെ ധരിച്ചതാണ് ആ ശബ്ദത്തിലൂടെ നീ ധരിച്ചിരിക്കുന്നതല്ല അവിടെ നിനക്ക് പിശക് പറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി അത് കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നമ്മളെ കൂടുതൽ ആശയക്കുഴപ്പത്തിലേക്ക് തള്ളിയിടാൻ വേണ്ടിയിട്ടില്ല അങ്ങനെ അതിനെ കൂടുതൽ കൂടുതൽ ഉള്ളിൽ പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാദ ചർച്ച ഇവിടെ വീണ്ടും വീണ്ടും തന്നെ ചർച്ച ചെയ്യും പ്രാണാതി വികല്പസ്യ അസുത്വ ശുദ്ധികാദിഷിവ രജതാദേഹേ രണ്ടെന്നും വ്യത്യാസം കലത്തിനകത്ത് വെള്ളം എടുത്ത് വെച്ചു കഴിഞ്ഞാൽ വെള്ളം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വെള്ളത്തെ ധരിക്കാം കലം എന്നു പറഞ്ഞ് കലത്തെയും ധരിക്കാം ഇവിടെ അതുപോലെയല്ല പ്രാണാതി വികല്പങ്ങൾ വിശ്വ തേജസ്സാദി വികല്പങ്ങൾ ജാഗ്രസ്വപ്നാദി അവസ്ഥകൾ ഇതെല്ലാം എന്താണ് ഇതെല്ലാം ഇവിടെ കൽപ്പിതമാണ് എന്ന് പറഞ്ഞാൽ പരമാർത്ഥത്തിൽ നിൽക്കുന്നതല്ല അല്ലെങ്കിൽ അതാ തുര്യനിൽ നിന്ന് വേറിട്ട് സ്വതന്ത്രമായി നിലനിൽക്കുന്നതല്ല അതുകൊണ്ട് അതിനെയെല്ലാം ഗ്രഹിക്കുന്നത് പോലെ ഇതിനെ ഗ്രഹിക്കാൻ സാധ്യമു അതിനെയെല്ലാം ഗ്രഹിക്കുന്ന ശബ്ദങ്ങളെപ്പോലെ ഇതിനേതെങ്കിലും ഒരു ശബ്ദത്തെ കല്പിച്ചിട്ടാകെ കല്പനയിലൂടെ നമുക്കിതിനെ ഗ്രഹിക്കാനും സാധ്യമല്ല അതാണ് പറയുന്നത് പ്രാണാദി വകല്പ്യ അസത്വം ആ പ്രാണാദി വകല്പങ്ങൾ എന്താണോ അത് അസത്വമാണോ അത് അസത്വം അസത്വം പറയുന്നത് ആ പ്രാണാദി വികല്പങ്ങളെയെല്ലാം സത്യമായിട്ടാണ് താൻ ഗ്രഹിക്കുന്നത് സ്തുരീയനാണ് സത്യമെന്നല്ല ഗ്രഹിക്കുന്നത് പ്രാണാതി വികല്പങ്ങളാണ് സത്യമെന്ന് ഗ്രഹിക്കുന്നത് അത് സത്യമെന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ അദ്വേയമായ സത്വം ആ സത്യം എങ്ങനെ പിടികിട്ടും സത്യമല്ലാത്തതിന് സത്യമെന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ അപ്പൊ സത്യത്തെ ബുദ്ധി എവിടെയാണോ വരേണ്ടത് അവിടെ സത്യത്തെ ബുദ്ധി വന്നില്ലെങ്കിൽ അത് മിഥ്യാത്വമെന്നേ പറയാൻ പറ്റും അതുകൊണ്ട് പറയുന്നു അത് മിഥ്യയാണ് അത് ഏതുപോലെ ശുദ്ധികാദി ശിവ രചിതാദേശ്കേതത്തിൻ്റെ ലരിത ബുദ്ധിയെ പോലെ അതുകൊണ്ട് നിങ്ങൾ എവിടെയെല്ലാം സത്യത്തെ ബോധ്യപ്പെട്ടു വന്ന് ശബ്ദത്തിലൂടെ ഗ്രഹിക്കുന്നു അവിടെയെല്ലാം നിങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മിഥ്യയാണ് സത്യത്തെ അല്ല ആ അത് സർവനിഷേധത്തിലൂടെ അത് സത്യമാവും അവശേഷിക്കുന്നതാണ് സത്യം അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് പറഞ്ഞത് അതുകൊണ്ട് ഇവിടെ പറഞ്ഞു വരുന്ന സിദ്ധാന്തം എന്താണ് നിഷേധത്തിലൂടെ പരമാർത്ഥത്തെ ബോധിപ്പിക്കാൻ പറ്റൂ അതാണ് ഇവിടെ മുഖ്യമായി മനസ്സിലാക്കേണ്ടത് അതിന്റെ യുക്തികളാണ് ഇനി അടുത്ത് പറയുന്നത് നിഷേധത്തിലൂടെ ബോധിപ്പിക്കാമെന്ന് പറയുമ്പോൾ എല്ലാ ശബ്ദങ്ങളും കേവലം ചൂണ്ടുപലകൾ മാത്രമാണ് അതാണ് ഇവിടെ പറയുന്നത് നമ്മൾ ആ ശബ്ദങ്ങൾ ശബ്ദങ്ങളുടെ അർത്ഥത്തിനുമാണ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതെങ്കിൽ സാധാരണതാ സംഭവിക്കുന്നു തത്വശ്രവണത്തിൽ തീർച്ചയായും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് ശബ്ദത്തിന് ശബ്ദാർത്ഥത്തിനുമാണ് പക്ഷേ ശബ്ദം ശബ്ദാർത്ഥം എന്നുള്ളതിൽ നിന്ന് ഉപരിയായി ഉള്ള ബോധസ്ഫുരണമാണ് പരമാർത്ഥത്തിലുള്ള ബോധം അതാണ് ഇവിടെ പറയുന്നത് അത് ശബ്ദാർത്ഥത്തിലൂടെ സംബന്ധത്തിലൂടെ ഗ്രഹിക്കുന്ന ഉദാഹരണം പറഞ്ഞാൽ ഒരാള് ആകാശത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് ഇതാണ് നക്ഷത്രങ്ങൾ ഇതാണ് ചന്ദ്രൻ എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത് ഇവിടെ പറയുന്നൊരു പ്രസിദ്ധമായ ഉദാഹരണവും അവിടെ എന്ത് ചെയ്യുന്നു സങ്കേതത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തി ശ്രമിക്കുകയാണ് ചൂണ്ടുവരലാണ് സങ്കേതം അതിനൊരു പ്രമാണമായി ചൊല്ലി സ്വീകരിക്കുന്നു ചൊല്ലി സ്വീകരിക്കുന്നു അത്ര ഒരു സങ്കേതത്തിലൂടെ എന്താണ് ചൂണ്ടിയാൽ മതി പറയേണ്ട കാര്യം ഏതാണ് ചന്ദ്രൻ ഏതാണ് നക്ഷത്രങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരൽ ചൂണ്ടിയാമതി സങ്കേതത്തിലൂടെ മനസ്സിലാക്കാം പക്ഷേ ആ വിരൽ ചൂണ്ടുമ്പോൾ അവിടെ സ്രോതാവ് അല്ലെങ്കിൽ ദ്രഷ്ടാവ് വിരലിലേക്കാണ് നോക്കുന്നതെങ്കിലോ അവനൊരിക്കലും ചന്ദ്ര താരകാദികളുടെ പ്രത്യക്ഷ ഉണ്ടാവുന്നില്ല അവന് വിരളിന്റെ ശാസ്ത്രം ഈ പരമാർത്ഥത്തെ ബോധിപ്പിക്കുമ്പോഴും ഇതാ സംഭവിക്കുന്നു എന്ത് സംഭവിക്കുന്നു നമ്മൾ ഈ വിരളിൽ ദൃഷ്ടി ഉറപ്പിക്കുന്നത് ശബ്ദാർത്ഥത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുന്നു ശബ്ദവും ശബ്ദത്തിൽ നിന്ന് കൽപ്പിതമായ ഒരർത്ഥവും അത്രമാത്രമേ മനസ്സിൽ നിൽക്കുന്നു മറിച്ച് അവന്റെ ദൃഷ്ടി പൂർണമായും വിരലിനെ വിട്ടിട്ട് വിരലിനും ഒരു ലേശം പോലും വരാൻ പാടില്ല പൂർണമായും അവന്റെ ദൃഷ്ടി അറിവ് അത് വിട്ടിട്ട് എവിടെ ഉറയ്ക്കണം ആ ചന്ദ്ര താരകാതികളിൽ തന്നെ ഉറയ്ക്കണം അവിടെ ഒരു ഒരു വലിയൊരു മാറ്റം സംഭവിക്കും ആ ദൃഷ്ടി വിരലിൽ നിന്ന് മാറി ഇവിടെ ആകാശത്തിൽ ഉറയ്ക്കും അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു ഈ നിഷേധിക്കാനായാലും ശരി വിധി മുഖേന ബോധിപ്പിക്കുന്നായാലും ശരി ആ ശബ്ദാർത്ഥങ്ങളിൽ നിന്ന് വെട്ട് അതാണ് ലക്ഷണി എന്നും മറ്റും പറയുന്നത് വിട്ട് ഈ ചിത്തം ചിതാകാശത്തോടെകീഭവിക്കും അവിടെയാണ് ആത്മബോധം പ്രകാശിക്കും അല്ലെങ്കിൽ തുരീയ സ്ഫുരണം എന്നെല്ലാം പറയുന്നതാണ് പല പല ശബ്ദങ്ങളിലൂടെ ബോധിപ്പിക്കുന്നതാണ് അക്കാര്യമാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒന്നുണ്ട് അതെങ്ങനെയല്ല അത് തന്റെ പ്രയത്നം കൊണ്ട് സംഭവിക്കുന്നതല്ല ഇവിടെ എങ്ങനെയല്ല നമുക്കെന്താണ് വിരൽ തുമ്പിൽ നിന്ന് ദൃഷ്ടി മാറ്റി ആകാശത്തിലേക്ക് നോക്കാം എന്നുള്ള സ്വാതന്ത്ര്യമുണ്ട് കാരണം അവിടെ വിരൽ തുമ്പും ഭൗതികമാണ് ആകാശവും ഭൗതികമാണ് പക്ഷെ മാറ്റി നോക്കണം ഇവിടെ എങ്ങനെയല്ല ഇത് സ്വാഭാവികമായി സംഭവിക്കണം ശബ്ദാർത്ഥ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആ വ്യക്തത അവിടെ അത് വ്യക്തമായിരിക്കണം കാര്യം ആ വ്യക്തതയിൽ നിന്ന് ചിത്തം അതിന് ഉപേക്ഷിച്ചു പോകണം അവിടെ ശേഷിക്കുന്നതാണ് പരമാർത്ഥബോധം അങ്ങനെയാണിതിനെ ബോധിക്കേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്